ും രണ്ടു തങ്ങൾക്ക് സൈറെന്ന് നിസ്റ്റാർത്തു സിദ്ധികളാണ് കറമെന്ന് തറത്തിന്മ കുപ്പാരി അമിയ അൻഭു എന്താ കുപ്പാറുകളിൽ പെട്ട ഓരോരുത്തരുടെയും കണ്ണുകൾ അമിയ ഒരിടായിപ്പോയിരിക്കുന്നു അൻഭുതിന്റെ മാഹവൽ കാണുണ്ടായിട്ടുള്ള നീരോട് നിന്നു അപ്പൊ ഉത്രദാത്തല്ല ഇതിൽ അനുഭവമാണെന്നല്ലേ ഒരു ായ്മ അറിഞ്ഞാണ് ചിടുക്ക് നമ്മളു നം പി രണ്ടുപേരും വാറിൽ തന്നെ ഉണ്ടായിരുന്നു അവർ പറയുന്നു മാ ഗുരുവാറിമിന്നരിമി അവർ അവരാറ്റ മനുഷ്യന്മാറും ഇതിലാറില്ല എന്ന് അവരും പറയും രണ്ടല്ലോ തന്നെ അവർക്ക് പറയാൻ തെളിവെന്താ ലന്നുമാടപ്രാവിന് അവർ വിചാരിച്ചു അങ്കബോധിനെയും വിചാരിച്ചു എന്താ വിചാരിച്ച നന്നാന്റെ രണ്ടാം വപ്പൂല് വേണം ലം തൻസു വനം താന്നി അണ്ടപ്പൂല് വേണ്ട ഇപ്പാ ലന്നാന്റെ ഒന്നാം വപ്പാണ് ഹമാമ് പിന്നാ രണ്ടാമത് വടക്കി അംഗബൂത്തു അപ്പൊ ഹമാമും അങ്കബൂത്തും ലംതൻസുജ് അത് നെയ്യുകയില്ല എന്ന് വിചാരിച്ച് എവിടത്തേക്ക് നോക്കിയിട്ട് അംഗപൂത്തിലേക്ക് നോക്കിയിട്ട് അപ്പോൾ ലഫ്റ്റിൽ അച്ഛനമുറത്തബ് ആദ്യം ഹമാമൻ രണ്ടാമത് അംഗപൂത്താ പറഞ്ഞിരുന്നു ഉത്തരം പറയുമ്പോല്ലാം തൻസുജ് വലം തവമി എന്നാണ് പറഞ്ഞത് ലഫുജ് ആദ്യവും താമീ പറഞ്ഞു അല്ല എന്ന് പറയുന്നത് അപ്പൊ അംഗകൂത്ത് ഇവിടെ നെയ്യൂലെന്ന് വിചാരിച്ച് ആറാമത്ത് ആ അതും വിചാരിച്ചു ആ വിഹാരം കൊണ്ടാണ് ഇവർന്ന് പറഞ്ഞത് ജപ്പൂർ അമ്മാ ബുൽ മിന്നരിമീന്ന് പറയാനാണ് അത് മറ്റേപ്പോ നമ്മളെ ഓഫീസാക്കിയിട്ടില്ലേ അവിടുത്തെ വേറെ റിബാത്തിൻ്റെ വിവാത്തിന് തന്നു പട്ടത് മസുഹുറല്ലോ ജൂറജ രണ്ടാളും കാണപ്പെട്ടിട്ടില്ല മറമുബ്രൂടാ ഇതാണ് മാറ്റം എന്ന് പറയാൻ കാരണം ചാരിഹികളൊക്കെ പറഞ്ഞിട്ടുണ്ട് നിൻ അരിമി ലം ഞരിമെന്നുള്ള പ്രയോഗം കണ്ട് മൊബ്രി മുത്തുണ്ടാക്കിയിട്ടുണ്ട് ലംജുറയാത്ത് താമ ചോദിച്ച ജിന്നാസിൽ താമ്പുണ്ടല്ലോ അപ്പ അപ്പ എന്ത് കലിമത്താണോ പറഞ്ഞത് അതേ കലിമത്തിന്റെ അക്ഷരങ്ങൾ താമ്പത്തി ഇപ്പുറുണ്ടാവല്ലേ താമ്പെന്ന് പറയുന്നത് ലംജുറയെന്നു പറയുമ്പോ രണ്ടേ ഉണ്ടാവുള്ളൂ ലം ഞരിമ മാറി മിൻ അരിമി അവിടെ ഉണ്ടായിരുന്നു പറയാമോ സാൻ എന്താ പറഞ്ഞു നോക്കാനോ അപ്പൊക്കൂ എന്നുള്ളത് ആയി സാഹിബിക്ക് ഉദ്ദേശിക്കണം അപ്പൊ ഇസ്തിഹാരത്താണ് നബി സോന്നീവ സമ്മ തങ്ങൾക്ക് സാഹിബി സുദുക്ക് അദ്ദേഹം ഇടുത്ത് തന്നെയുള്ള ഡയനായിട്ട് പറയാം പിന്നെ അവൻ നബി സോല ഹലമ്മാണ് അദ്ദേഹം ശ്രദ്ധിക്കണം പിന്നെ അറിയാലോഹോ ലം ജനിമ എന്ന് പറഞ്ഞാൽ അവർ സ്ഥലം വിട്ടു പോയിട്ടില്ല എന്ന അർത്ഥം ആൻഡൂ ഇവിടെ സ്ഥലം വിട്ടുപോയിട്ടില്ല അരിമീൻ എന്ന് പറഞ്ഞില്ലേ മിൻ അരിമീൻ അരിമീൻ എന്ന് പറഞ്ഞാൽ മിൻ സഹദീൻ ഒരാളും ഇല്ല എന്നാണ് പിന്നില്ലേദിനി എത്രമുഹു അബ്ദുള്ള സ്വന്തം ഒറിജിനൽ പേര് അബ്ദുള്ള എന്നാണ് ൻ എന്ന് പറഞ്ഞാൽ ഏഴാമൻ അറിയിക്കാൻ വേണ്ടിയാകുന്നു പിന്നുവ എന്നുള്ള താലിയിലിന്തിനാ അറിയിക്കുന്ന താഴെയിലാണ് ഒരു സഹാബത്തിന്റെ ശൈഹാണ് അരളിപ്പിലാക്കലുമാണ് എന്നതാണ് ഇതിന്റെ കാരണം കൗരഹ അരളിപ്പിലാക്കെന്ന് പറഞ്ഞില്ലേ അതിനെന്താ തെളിവ് لما في الهاديث ما ترأت الشمس ولا غربت على أحد بعد النبيين والمرسلين أقضل من نبيبكم سديك رضي الله عنها سولا نذكرت بالله ولا غربت أسمي شبت بالله على أحد ولا ألميرلو انبياء مرسلين والكهيطان أبو بقر سديكت أن الله قال أخذ الأياء و لا ألميرلو سقولوا نذكرتوا لا أسمي شبت الله أبواء على اللتي لا تفضلنا الحديثة من الله عن الله ാണ് അസു ഹും പറഞ്ഞത് വടപ്പുകളിൽ നിന്ന് അഫുനല്ലേ പറഞ്ഞത് ഹും സഹാബത്തിൽ നിന്ന് അഫുനലി ആ ഇരാളിക്ക അസുനിയത്തിലേക്ക് ഉണ്ട് ഏത് വാറിലുള്ള മൂറാപക്കത്ത് എന്നുള്ളത് മറ്റു സഹാബത്തിലൊന്നും കിട്ടാത്തൊരു പദവി ആയിരുന്നല്ലോ അത് വിഷാറത്താണ് എന്ന് പേരുണ്ട് ഹീന മക്ക രണ്ടാളം പുറപ്പെട്ട കഥയൊക്കെ അത് പുറപ്പെട്ടത് അന്ന സമ്മതത്തോടുകൂടി തന്നെയാണ് നല്ല ഒളിച്ചോട്ടം എന്നതിന് പേരില്ല ഒളിച്ചോട്ടം ഒളിച്ചോട്ടം ഒന്നു ഹി സ്വണ്ണി വസന്നമ്മ തങ്ങൾക്ക് ഹിദ്രത്തിലുള്ള സമ്മതം കിട്ടിയതിന് ശേഷമാണ് ആ കഥ അന്നമു സ്വണ്ണമ്മസല്ലമ തങ്ങൾ അക്കമ്പട്ടല്ലോ നമുക്ക് അല്ല പോക്കമ്പട്ടിലേക്ക് തങ്ങൾ പുറപ്പെട്ടു പ്രത്യേക സീസണില് ഓരോ പ്രത്യേക സീസണില് പല നാട്ടിൽ ആളുകൾ വന്നും പോയെന്നുവെച്ചാൽ അവസരങ്ങൾ ഉണ്ടാവും ഏതാ സീസണിൽ ചിത്യമായി നാസി കൊല്ല തലത്തിൽ എല്ലാ കൊല്ലവും ജനങ്ങൾ ഒരുമിച്ചു കൂടാൻ വരുന്ന അവസരമാണ് ഒരു സമ്മേളനങ്ങൾ വിളിക്കുന്ന ആ സമയം ഞാനൊരു തങ്ങൾ എന്തിനാണ് ഈ അക്കബയിലേക്ക് പോയത് മിനയിലേക്ക് തങ്ങളെ നെഫ്റ്റിനെ പ്രദർശിപ്പിക്കാനാണ് അല്ല കബായിലില്ല റബി അറബികളെ പല കബികൾക്കാർ ഉറങ്ങിരുമല്ലോ അവർക്കെല്ലാം ഇസ്ലാമിന്റെ ദൗത്യം തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഞാൻ റസൂലാക്കുന്നു പിന്നീ പാണ് നിങ്ങൾ അക്ബത്തി അങ്ങനെ അക്കബന്റെ അടുത്ത് വെച്ചിട്ട് കുറെയാളെ കണ്ടുമുട്ടി ഇസ്ലാമിലേക്കവറ തങ്ങൾ ക്ഷണിച്ചു പാട്ട മമ്മിൽ നിന്നും സിദ്ധിൻ ആറാളുകൾ അവരിൽ നിന്ന് ഇസ്ലാമം സ്വീകരിച്ചു അടുത്ത കൊല്ലം പിന്നെയും കണ്ടുമുട്ടി എന്നിട്ടോ ഈ സിനാശ്രോ ചിലം പിന്നും ആ കൂട്ടന് പന്ത്രണ്ടാളുകളെ കണ്ടുമുട്ടി അവരെല്ലാവരും വിശ്രാമായി അപ്പൊ ചുറ്റത്തെ കൊല്ലം ആള് കയറി ആ തുമ്മറ ഈ പന്ത്രണ്ടാളും മടങ്ങിപ്പോയി അവിടത്തേക്ക് മതിലേക്ക് ഇസ്ലാമിനെ അവർ പ്രകടിപ്പിച്ചു അവളുടെ നാടുകളിൽ മൂന്നാമത്തെ കൊല്ലം വീണ്ടും മടങ്ങി വന്നു എഴുപതാളുകൾ തങ്ങളോടവർ എന്താ ഊന്ന ം സ്വന്തം മക്കളെ തൊട്ടും ഭാര്യമാരത്തൊട്ടും ശത്രുക്കളെ തടയുന്നില്ലേ ആ തടയിൽ എന്തെല്ലാ രീതി തറിയുമോ അതുപോലെ ഉണ്ടാക്കും തങ്ങളെ തൊട്ട് കത്തെറുക്കളും തടയും എന്ന് പറഞ്ഞുകൊണ്ടിട്ട് അവർ പ്രതിക്ക് വെച്ചു അപ്പൊ കുടുംബത്തിന ശത്രുക്കൾ രക്ഷപ്പെടുത്തുന്നത് പോലെ മാത്രം നല്ല വാലിൻസ് അഹമ്മദീയങ്ങളോടും അസവദീയങ്ങളോടും നമ്മൾ പറവുഴുതും എന്ന് അതാണ് അഹമ്മദീയങ്ങൾ അസവദീയങ്ങള് അറബും അജമാണ് ഉദ്ദേശിക്കുന്നു അങ്ങനെ റസൂഡും സഹാബിമാരോട് വീട് ഹിജിറ തീരൻ മദീനയിലേക്ക് ഹിജിറ പോകാൻ വേണ്ടി കേൾപ്പിച്ചു ആ ഓരോരുത്തർക്ക് ശേഷം ഓരോരുത്തരായിട്ടുണ്ട് കൂട്ടത്തോടെ പോകുമ്പോ മറ്റോർ തടയണ്ട അപ്പൊ ഓരോരുത്തർ ഓരോരുത്തരായിട്ടുണ്ടാക്കി ഇങ്ങനെ കുറേ കുറേ മദീനയിലേക്ക് കപ്പർ പോകാൻ തുടങ്ങി തങ്ങൾ നാട്ടിൽ തന്നെ താമസിച്ചു എന്തൽ നിദിനു തങ്ങൾക്ക് സമ്മതം കിട്ടാൻ വേണ്ടിയാണ് പ്രതീക്ഷ പിന്നെ ഹിജന പോകാൻ വേണ്ടി സമ്മതം കിട്ടാൻ പ്രതീക്ഷിക്കും ലഹു അങ്ങനെ തങ്ങൾക്ക് അല്ലോഹു താല് സമ്മതം കൊടുത്തില്ല അല്ലാ നിതിന് പ്രകാരം തങ്ങൾ മക്കളിൽ നിന്ന് പുറപ്പെട്ടു വലമ്മ അഹസ കുറവൻ കുറൈശികൾക്ക് മനസ്സിലായി അസമിഹിയൾ കുറോജി തങ്ങളിവിടെ നാട്ടറ പോകും എന്നുള്ള അസമ കൊണ്ട് ഇവർക്കെങ്ങനെയോ അറിഞ്ഞു വയ്ക്കും അറിവോ വിധമാ അവർ എല്ലാവരും കൂടി യോഗം ചേർന്ന് ഡാറുണ്ടത് പത്തിൽ യോഗം ചേർന്ന് പകാരവാദവും ചിലർ അഭിപ്രായപ്പെട്ടു അബിസുഹു തങ്ങളെ നമുക്കിടങ്ങി പിടിച്ചു കെട്ടണം ഓൺ പാടില്ല അപസ് എന്ന് ചിലർ പറഞ്ഞുണ്ടാകുത്തുരുഹു കൊല്ലുകയാണ് വേണ്ടത് എന്ന് വാറച്ചിലോ പറഞ്ഞു നിറംബിറ്റോദീൻ ഭയങ്കര കൃത്യകളുമായിട്ടൊന്നും ഒട്ടകുണ്ടാകുമല്ലോ അതിന്റെ കൂടെ പിടിച്ചുപൊട്ടിക്കൊടുത്തു അപ്പൊ ഒട്ടകുണ്ടാക്കും ചെവിത്തി കുത്തിയിട്ടും ഇടങ്ങൾ ആക്കിട്ട് ഇവർ കൊണ്ടുപോയി അങ്ങനെ ആക്കാം അപ്പൊ പല അഭിപ്രായങ്ങളാണ് ഇബിൽ ഈസുവും ഇബിൽ ഈസു അനത്തുണ്ടായി അരി പ്രത്യക്ഷപ്പെട്ടു ഹീ സൂറത്ത് ഒരു നദിതീയ ശേഷന്റെ കോലത്തിലാണെന്ന് ും ഇവരോട് പറയുന്ന കൊല്ലും മിങ്കും നിങ്ങൾ ഇപ്പൊട്ട ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം എന്നോട് പറയട്ടെ ഞാൻ പരിശോധിക്കാം സകാല ബാഗും ചിലർ പറഞ്ഞു നഹബിസുഹോ നമുക്ക് അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞേ സകാല അപ്പോൾ ഇതിലീസാര ശരിണ്ടല്ലോ അവൻ പറയുന്ന അള്ളാഹു എന്ത മിങ്കും അല്ലാണ്ടാക്കും അയാൾ രക്ഷപ്പെടുത്തിക്കൊളിയുന്നു നടക്കൂല വക്കാല ചില പറഞ്ഞു ജുഹു നമുക്ക് അയാൾ നാട്ടിൽ നന്ദി കീക്കാന്ന് പറഞ്ഞു സ്വകാല അപ്പൊ ഇംഗ്ലീഷ് പറയുന്നു എഴുത്തീ കും മിമാല താക്കത്തലക്കും നിങ്ങൾക്ക് തയ്ക്കാൻ കഴിയാത്ത സൈന്യത്തിനെയും കൂട്ടി തിരിച്ചു വരുവെന്ന് പറഞ്ഞു അവൻ പോയി സ്വകാല അബൂജി പറയുന്നു അറ ഞാനിപ്രായ انن مرقوم للقبيره الغلامن قبيل اورو قبائليننಲ್ಲ சக்கதியல்ல اورو யுவாவுதே திருநெடுக்குவா. toyukud kullu wahdin sufratan oru oruram oru walam keil pidikkuva. paleri boodhodhil ellar engal onnichu kottuva. enna aaru kottin mudumputu vedar thanne illa. the enna to payatha parakkadum boodhu pilu qabaaili. appo adin the thora ulpichendu uttarvaat ella qabilekkarkum nadagam. ആ പക്ഷേ ചിന്ന ഭിന്നമായില്ലേ അപ്പൊ പല തന്നെ ഇത്ത മുത്തൻ മുട്ടഫറ്റിക്കായ കാരണത്തിന് വേണ്ടി ദിയൊക്കെ സാധിക്കില്ല ഇന്ന് ദിയെന്നുള്ള നഷ്ടപരിഹാരം കൊടുക്കല് അങ്ങനെ ഇതാണ് പകാലലവും ഇബിനീസു അപ്പൊ ഈ അഭിപ്രായം പറഞ്ഞ അഭിചാരിക അച്ഛനെ പറഞ്ഞാൽ നേട്ടം പറഞ്ഞല്ലോ അങ്ങനെ ഇബിനീസു പറഞ്ഞ് ഇതില്ലായുക്ക നീതന്യാള ആളു ഈ അഭിപ്രായം നീതന്യ കേൾ ഇതാണ് ശരിയായ അഭിപ്രായം ഇതൊക്കെ തീരുമാനിക്കുമ്പോൾ അലൈഹിന്റെ അടുക്കൽ വന്നു വാഹറഹുൽ ഖബറായി വാർത്ത മുഴുവനും തങ്ങൾ അറിയിച്ചു കൊടുത്തു തങ്ങളോട് പറഞ്ഞു ലാത്തില്ല സുലാശിച്ചു ഇന്നത്തെ രാത്രി തങ്ങൾ വീട്ടിൽ തുറങ്ങി തുറക്കണ്ട ില്ല അതേ രാത്രി തന്നെയാണ് ഇവർ വന്നൊരുമിച്ച് കൂടി നല്ല ബാദിഹി തെല്ലമ്പെ വാതുക്കൾ വന്ന് ഒരുമിച്ചുകൂടി എന്തിനുപോണഹോ തങ്ങളിവർ നോക്കി നിൽക്കേണ്ടി ഇപ്പം കീയം ഇപ്പം കയ്യം ഇപ്പം പള്ളിയിലേക്ക് ബലം ജനം അലാപ്രാശി തങ്ങളെ പാത്രം കടന്നിട്ടുല്ലെന്ന് എന്തായാലും പനാമ മക്കാനോ തങ്ങളെ കിടക്കുന്ന സ്ഥലത്ത് കടന്നു മണ്ണിൽ നിന്ന് അൽപ്പം തങ്ങൾ എടുത്തിട്ട് ഓതിക്കൊണ്ട് മണ്ണിൽ വായിച്ചു തല കുഴാക്കിക്കളഞ്ഞു വലഞ്ഞു അവർക്ക് തങ്ങളെ കാണാൻ കഴിഞ്ഞില്ല ീ മണ്ണ് ആരെങ്കിലെല്ലാം എത്തിയിട്ടുണ്ടോ അവരെല്ലാവരും കൊത്തിനെ കാപ്പുരൻ അവർ കാപ്പുരായിക്കൊണ്ട് കൊല്ലപ്പെട്ടവരെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഇബിലേശു ഇവർക്ക് വാർത്ത കൊടുത്തതാ വൈശ കേട്ടില്ലേ ഇത് പൂർവജി പോയിട്ടുണ്ട് കേട്ടോ തുറാവുറാം നിങ്ങളുടെ തരിയിൽ നിന്നെല്ലാം മണ്ണിട്ടിട്ടുണ്ടല്ലോ ആ മണ്ണിൽ ഊർത്തിയിട് ആവിന്ന് പോയിട്ടുണ്ട് ഞാൻ മണ്ണിൽ ഇങ്ങനെ ഊർത്തിയിടുന്നത് അവർക്ക് അങ്ങേയറ്റ നാണക്കേട് കിട്ടി അല്ലാതെ എളിമ്പിരയി അങ്ങനെ വലഞ്ഞനം ഇബിലേസു അപരൻ ഇബിലേസു ഉറങ്ങിയിട്ടില്ല ഇല്ലാത്ത തിൽക്കാത്തി അന്നത്തെ സമയത്തല്ലാതെ ഇരീസ് ഉറങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഇബീസിന് പറയാല്ലോ ആരും ഉറങ്ങില്ലാതെ ഇബിലീസ് ആദ്യം ഉറങ്ങിയത് ഒറ്റ രാത്രി ഇവരി ഉറങ്ങിയിട്ടില്ല അന്ന് മ്മ തങ്ങളുംയ്യുനാവോ ഭേക്ക് തങ്ങളും കൂടി പുറപ്പെട്ടു ലൈലൻ രാത്രി തന്നെ റബിയിലപ്പോ ഒന്ന് വ്യാഴാഴ്ച അത്തമിച്ച് വെള്ളിയാഴ്ചയാവം പിന്ന ലൈലൻ രാത്രി ആറ് തവറിലേക്ക് പുറപ്പെട്ടിട്ട് ഭക്ഷപ്പെ രണ്ടാളും അവിടെ കഴിഞ്ഞൂടി ഫലം കുറൈശികൾക്ക് പിടികിട്ടാണ്ടായപ്പോൾ പിടികിട്ടാണ്ടായപ്പോൾ ഹസും മസീദുൽ കർബി കൂടുതൽ മനക്കളേശം അവർക്കുണ്ടാകാൻ തുടങ്ങി മക്കന്റെ മേൽഭാഗത്തും താഴ്ഭാഗത്തും പരവി നടന്നു ോ അവർക്ക് തങ്ങളെ കിട്ടിയില്ല പാറത്തലുൾ കാപ്പത്താ കാപ്പത്ത് പറഞ്ഞാൽ ഫോറൻസിക് വിഭാഗം ഈ ചെവിട്ടടികളെന്ന് നോക്കി ഇത് പരിധിപ്പിടിക്കില്ലേ കാപ്പത്ത് അവർ എവറായിട്ട് ഈ കുല്ല് ഓരോ ഭാഗങ്ങളിലേക്ക് മയച്ചോ അങ്ങോട്ടുണ്ടോ ഈ വഴിക്കുണ്ടോ ഈ വഴിക്കുണ്ടോ എന്തിനാ ഈ തത്തും തറഹോ തങ്ങളെ പോയ കാൽപ്പാടുകൾ പരിധി പിടിക്കാൻ പാറത്തൽ കാൽപ്പൊല്ല അങ്ങനെ ഈ പരിധി പിടിക്കുന്നവന്റെ അഭരി അവരോട് തുടർന്നു ആര് ഈ പറഞ്ഞു അൻമസനുഹാ ഹാറിന്റെ പക്കത്തേക്ക് എത്തുന്നത് വരെയും തുടർന്നു സംഘത്ത അല്ലാത്തത് അവിടെ വെച്ചാണ് അത്ര ഉൻകത്തിയായി പറഞ്ഞത് അതിന്റെ അപ്രത്യം കൊണ്ടാ പോയിട്ടില്ല അവർന്ന് മടങ്ങി ആരെയും കുറൈശൻ കുറൈശികളോട് വാർത്ത പറഞ്ഞു ഈ വിഷയം പറഞ്ഞു ക്കാർ ആട്ടക്കോട്ടകൾ എന്തായി അതുകൊണ്ട് പുറപ്പെട്ടു മകും അവരോടൊപ്പം ഉണ്ട് അസലിഹുഹും അവരുടെ ആയുധങ്ങളും പിന്നിലേ പിടിച്ചിരുന്നു ഇല അന്നസിലാരി ഗുഹന്റെ വക്കത്തോളം അവർത്തിച്ചു വന്നു അനാമി അതിന്റെ മുഖത്തെന്തൊക്കെ അസ്വരിഹി അതിന്റെ താഴ്ഭാഗത്തായിട്ട് അമാമത്തൈനി വഹസീയത്തൈനി രണ്ട് കാട്ടുപ്രാവ നാടൻ പ്രാവുമല്ല ജനങ്ങളൊക്കെ കൂടുന്ന മെരുങ്ങുന്ന പ്രാവുണ്ടല്ലോ അതല്ല വഹസീയത്ത അത് അശ്വസത്താ അതവിടെ കൂട് കെട്ടിയിട്ടുണ്ട് രണ്ട് മുട്ട കെട്ടിത്തു പോയി അങ്കബൂത്തിനെയും എത്തിച്ചു അമാമത്തൈനി വല്ല അങ്ക േൽഭാഗത്ത് വല കിട്ടിട്ടും കാണുന്നുണ്ട് അടിയിൽ മുട്ട കിട്ടും മോള് വലിയുണ്ട് ഇവരെല്ലാം അവര് ബേജാറായി വക്കാലു അവർ പറയുന്ന ഇന്നൽ കാറൽ ആ കാണൽ ആരുണ്ടാവൂല എന്തുകൊണ്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ മുട്ട പൊട്ടും ചൂറി പറയണ്ടേ സ്വകാര ബാധവും ചിലർ പറയുന്ന എന്നാലും മേക്കില്ല അത് പോലെ ഉൾക്കാറിലേക്ക് കേറണോ സ്വകാരം അപ്പൊ ലഹീനായ ഒരു മനുഷ്യനുണ്ട് ഉമയ്യത്ത് പിന്നെ ഹലപ്പം അച്ഛങ്ങായി പറഞ്ഞത് അംഗഭൂത്തോ ആ കഥാദി മഹമ്മും ജനിക്കുന്നതിന് മുമ്പുള്ള അംഗഭൂതത്തിന്റെ അകത്തുണ്ട് എന്ത് നീ കയറണ്ട കയറണമെന്ന് പറയുന്ന പറയുന്നത് തങ്ങൾ ജനിക്കുന്നതിന് മുമ്പുള്ള അംഗഭൂത്തുള്ളിലുണ്ട് ും തങ്ങളുടെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക അവരെ കണ്ണിൽ കാണാണ്ട് പോട്ടു അത് അതുവരക്കുന്നു അത് എന്നുവെച്ചാൽ എന്ന് പറഞ്ഞ കണ്ണിൽ ലാഹിറായ കാഴ്ച പോയി എന്നല്ല അഭിമാന ഏത് മാനം ഗുഹന്റെ ഉള്ളിൽ തന്നെ ഉള്ളാളെ കണ്ടുപിടിക്കാൻ വേറെ ബുദ്ധി കൃഷിയില്ല ഈ തെളിവുറിച്ചോണ്ട് ബുദ്ധി ഇതി സൂചി ഓർക്കുന്നു ഹം വസാരൂ യംനൂല യമീനൻ വശിമാലൻ ഇർതും ബദല്ലല്ല നോക്കതാൽ മാത്രം നോകുന്നില്ല ഷൗറൽ ഗാലി ഫലം നജിദു ഒന്നും കിട്ടില്ല വാറദ അബ്ബാബക്ക സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖാല അൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു ആളാണെങ്കിലും നോക്കുകയാണെങ്കിൽ രണ്ടു കൂട്ടുകാരാ നമ്മള് മൂന്നാമത്തെ നല്ലാഹു ആയിരിക്കുന്നു പിന്നെന്താ നീ ഓടിക്കുന്നു ശ്രദ്ധിക്കണമല്ലോത്തിൻ ഇന്നള്ള അമ്പത്താലി ശകരത്തെ ഉമ്മ്യ കയ്യിലാൽ എന്ന് പറയുന്ന ഒരു മരം അവിടെ ഉറപ്പിച്ച് മുള്ളിലെ ചുരിയാഫീ ആറന്റെ മുഖത്തയച്ചു പിന്നെ ഫലം താരം കുറയ് കുറൈശുകള് മനസ്സിലാക്കിയില്ല അന്നലൂഖാത്തി അന്നലൂഖാത്തിൽപ്പെട്ട ചിലതിനെ അവിടെ ഇറക്കുമതി ചെയ്തത് ഇത് ജനങ്ങൾ വന്നാ തിരിഞ്ഞു പോന്ന സാധനങ്ങളാണ് ഇവിടെ ഇറക്കുമതിയായിരിക്കുന്നത് ജമ്മുകയാണ് ജനങ്ങളൂട്ടത്തിലെ കാടികളായിരുന്ന കുറ്റിച്ചെടി മുള്ളു ചെടിയാണ് അതുകൂടെ വളർത്തിക്കുന്നുണ്ട് കാട്ടുപൊറാവായിരുന്നു ഹമാതി ഈ മൂന്നും حيث <تصفيق> لأن وصيانة لحبيبه صلى الله عليه وسلم بغلقا كامل ديان الله نجيت الدرم في بركة الجودة وهذا حلم واجزة في مجزة الفتاة ولكارم وإسان قديا والنوم كما قال صاحب القرد لقاية الله يغنك عن ملاحفة من الدوعي مهن عالم من الأطمير جاور بارو ാഹുവിന്റെ കാവലിൽ എന്നൊരു കാവലുണ്ട് അത് റണിഞ്ഞാക്കളി എന്തിനകത്തൊട്ട് അൻ മുമാകത്തിൻ്റെ അട്ടിയട്ടിയായ എന്ത് വസ്തുക്കളത്തെ ദുർവണിനാദി ദുർവണിച്ച ണീന്ന് പടയേണ്ടി വരണം അത് അട്ടി കട്ടിക്ക് വടയേണ്ടി വച്ചാലും അതൊന്നും ആവശ്യം വരുന്നില്ല അള്ളാഹ് അതിനകത്തന്നെ കാവരൊന്നും ആവശ്യമില്ല ഇന്ന് വരും ചെലതി വല മാത്രം മതി അല്ലാതാക്കാൻ പറ്റിയ ചെലതി വലിങ്ങനെ കൈ കൊണ്ട് മരിച്ചപ്പോൾ ഒന്നേ അതൊന്നും ആവശ്യം ഉണ്ടാവില്ല പിന്നെ വാൻ ആൻ മീനല്ലുമ്മി ഈ കോട്ടകളുടെ വെളി വലിയ വലിയ കോട്ട ഉന്നതമായ ആ കോട്ടയെത്തിട്ടും അല്ലാതെ തന്നെ അനിയതി കളയിലുണ്ട് അല്ലാതെ കാവലിങ്ങ് വന്നാൽ ിൽ കാടി ആ കാറിൽ രണ്ടാളും താമസിച്ചത് ലൈലത്തെ ചുമഹത്തി വെള്ളിയാഴ്ച രാവായിരുന്നു അതിന് ഞാൻ നേരത്തെ പറഞ്ഞാൽ രാവിലെ ജനിച്ച വെള്ളിയാഴ്ച രാവായിരുന്നു അബ്ബലി റബിയില്ല മാസത്തെ ആദ്യത്തെ രാത്രി ആ ലൈലത്തിൽ ചുമഹത്തിൽ താമസിച്ചു പിന്നെ വസ്റ്റി വെള്ളിയാഴ്ച അസ്തമിച്ച ശനിയാഴ്ച രാവു പിന്നെ ഞായറാഴ്ച അസ്തമിച്ച തിങ്കളാഴ്ച രാവിലെ പാതി വരി അപ്പൊ ഏതാണ്ട് ഏഹ് ഭക്ഷണിക്കുന്നത് വാച്ച് കിടക്കുമ്പോ ഒരു നാശം കിട്ടിയു കിടക്കുമ്പോ അല്ലാവ് ചോദിക്കാം ഭക്ഷണം ചൂടാ പഴയ ചെന്നും പാണ്ടാണ് അല്ലാതാക്കണില്ലാണ്ട് ജീവിക്കാൻ കഴിയുന്നത് അല്ലാണ്ട് ഹദീബിന് ഇനി ഒന്ന് ഭക്ഷണം ആയിരം ചോദിക്കുകയാണെങ്കിൽ ആകിലവിന് റിയല്ലാ നിർദ്ദേശങ്ങൾ ആടിഞ്ഞു ആളായിരുന്നു മതിരിക്കാന്ന് ഓരോട് പാല് കാരണത്തിൽ ഇന്ന സമയത്ത് പാടാ കൊണ്ടുതരണമെന്ന് അത് റിപ്പോർട്ടാക്കിയിട്ടുണ്ട് ഇത് മടങ്ങി വരുമ്പോൾ ആടുപോയ വഴികളെല്ലാം അന്തർപൂർ പകർത്തും വായിച്ചു കളിയും ഇതേ കൂടെ ആടിന് കൂട്ടിക്ക് പോയിട്ടുണ്ടോ കാണാതിരിക്കാൻ നാട്ടിലുള്ള വാർത്തകളും വിഷയങ്ങളൊക്കെ അറിയിച്ചു പ്രദേശം സംസാരിച്ചിട്ട് സ്വഭിയ നേടത്ത് മടങ്ങി അത്രമൊന്നോ നാലാളല്ല ഇനി അന്ന് അംഗീകൃത മതങ്ങൾ ചിന്ന അവർ പ്രസിദ്ധീകൃതങ്ങൾ ആന്ധ്രത്തിന് പോയിരത്ത് വഴി കാണിച്ചു കൊടുക്കുന്ന അടുത്ത ഒരു എന്ന് പറഞ്ഞാൽ അയാൾ വഴി കാണിച്ചു കൊടുക്കുന്നതാണ് അങ്ങനെ നിവാഹാരാജ രണ്ടാമം പുറപ്പെട്ടത് അതിനാലയത്തിന്റെ സിനിമ തിങ്കളാഴ്ച രാവിലെ പാതിരാത്ത് പിന്നെ വാറല്ലിഞ്ഞ് പുറപ്പെട്ടു അപ്പൊ തിങ്കളാഴ്ച രാവഴ്ച അപ്പൊ പുറപ്പെട്ട എട്ടാം ദിവസമാണ് അത്ര നല്ല കണക്കിനാണ് ഓർ എന്തായിരുന്നു വ്യാഴാഴ്ച മുതലേ കാത്ത് എത്തുന്നു മതിയിലെത്തു എന്നാ വ്യാഴാഴ്ചയും കാത്ത് വെള്ളിയും കാത്ത് ശനിയും കാത്ത് ഞായറാഴ്ച എല്ലാം കാത്ത് കാത്ത് കാത്തു പോയായിരുന്നു പക്ഷെ മൂന്ന് ദിവസം ഇവിടെ ഉണ്ട് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ളും വാഹന പുറത്തുകൊറത്തു ആ ഒട്ടകം ആരതാന്ന് അല്ലെ അബിബക്ര ശുദ്ധീകരണങ്ങൾക്കുള്ള ഒട്ടകോ തങ്ങളാണ് അത് മാസങ്ങൾക്ക് മുമ്പേ വാങ്ങിയിട്ട് ശരിക്കും അതിനെ പോറ്റി വളർത്തുന്നുണ്ട് അബ്ദുല്ലാവിന് അരിക്കത്ത അബ്ദുല്ലാവിന്റെ അറിയക്കത്ത് രണ്ടാക്ക് വഴി കാണിച്ചു കൊടുക്കുന്നു തമാമൽ കിസ്സത്തി ഇനി ബാക്കി ഇസ്സ കൊറേ പറയാനുണ്ട് െ പൂർണ്ണമായി നോയിവാറൽ ഹംസീയ ഹംസീയന്റെ സറഹിനു ഹംസീ സറഹിന മൂന്നാമത്തെ എഫ്റ്റിസാറാണ് ഇത് ഹംസിയന്റെ വലിയ സർഹ ലോകപ്രസിദ്ധമായ സെറഹാണ് മിനിമീയ ഇതിനുള്ള ഏറ്റവും വിധങ്ങളെ വമ്പിച്ച സർഹോലായി പോയത് കൊണ്ട് ജമലി മാമുണ്ടല്ലോ നമ്മളാ അഹമ്മദ് ഹസീറിന്റെ ജമലീൻ മൂപ്പർ അതിനെ ഒരു ജ്യോതിയിലെ എഫ് ജമലിന്റെ ശിഷ്യനാണ് സാഹിമാം സാഹിമാത് വണ്ടി എഫ് ഷിസാറാക്കി അപ്പൊ മിനകൾ മക്കിയാലെ വേലകുത്തി അനിയ സരവണം ചെയ്യാം അകീതത്വൻ ഇത് അകീതയാണ് വിശ്വാസപരമായ കാര്യങ്ങൾക്കാണല്ലോ അകീത എന്ന് പറയുന്നത് അത് തന്നെ എന്ന് പറഞ്ഞാൽ സനാവിലേക്ക് ചേർക്കപ്പെട്ട സാധനം എന്നുണ്ടല്ലോ സലീയ മനുഷ്യല്ലേ എന്ന് പറഞ്ഞ പ്രകാശം അപ്പൊ പ്രകാശത്തിലേത് ചേർക്കപ്പെട്ട അക്കീത എന്നറിയുമെന്തായി ഹിതാലത്തിലേത് നമ്മൾ എത്തിക്കുന്ന അക്കീതയാണ് ദലാലത്തിന്റെ അക്കീത വീക്ഷമെല്ലാം പഴച്ച പാർട്ടിന്റെതെല്ലാം അപ്പൊ സെനിയോണ്ട് ഉദ്ദേശിക്കുന്ന ഹനുസുന്നത്തിന്റെ അക്കീത അത് സൂചിപ്പിക്കുന്നു മറ്റേതാണോ ദലാലത്തിന്റെ കത്തുവല്ല അതിന് ഞാൻ പേര് കൊടുത്തത് അൽ ഹരീദത്വൻ ബഹീയ എന്നാണ് പേര് കൊടുത്തത് ലീഫത്വൻ ഇത് ലത്തീഫാണ് സഹീറത്വം ചെറുതുമാണ് കിൽ ഹരിമി കറ്റിയുടെ വിഷയത്തിന് എന്നുവെച്ചാൽ ഈ ഒരുപാട് പേജുകളൊന്നുമില്ല കറ്റിന്റെ വിഷയത്തിന് ലത്തീഫത്വാണ് സഹീറത്വമാണ് അപ്പൊ ലാറ്റിന്ന ഹെങ്കിലും കബീറത്വം ഇൽമിന്റെ വിഷയത്തിന് കബീറത്ത് എല്ലാണെന്ന് അത് പറഞ്ഞാണ് ലക്കീന്നെ നൂറ് കിട്ട മോദിയാൽ കിട്ടാതെ വായുത അനുസരിച്ചു അത്ര ജമീന്റെ മത്തിനുമാക്കി ണ്ടില്ല ആ എനിഷറിക്കോ വഹാദിഹി അക്കീദത്തുൻ എന്നുള്ളത് അതുഫുൻ അത് അത്തുഫു ചെയ്തതാണ് അല ജും അൽഹന്റെ മേലെ മുമ്പെന്തോട്ടുണ്ട് ദർദീർ എന്നറിയപ്പെടുന്ന അഹമ്മദ് എന്നവര് പറയുന്നു വിസ്മില്ലാഹി പറഞ്ഞു അൽഹമദില്ലാഹി പറഞ്ഞു സലാത്തും പറഞ്ഞു എന്നുള്ള പറഞ്ഞോള് ഇനി പറയാമെന്നാണ് ഇത് അസീദിയാണെന്നും പറഞ്ഞിരിക്കുന്നു അപ്പൊ നി ഹാദിഹി എന്ന് പറഞ്ഞ ഈ ഹാദിഹി ഉണ്ടല്ലോ ഇഷാറത്ത് അതെങ്ങോട്ടാണ് ഇത് എന്തിനേക്കാൾ ചൂണ്ടുന്നു അത് വസ്മൽ നിഷാറത്ത് ആയിബാറത്തിൽ മുത്തൻ മനസ്സിൽ ഞുട്ടിലിക് ഓർവ് ചെയ്യപ്പെട്ടിട്ട് ഇങ്ങനെ ആക്കി വെച്ച ഒരു സംഗതി ഉണ്ടാവുമല്ലോ പറയാൻ വിചാരിച്ച സംഗതി അതിലേക്കാ ഹാദിഹി ഇഷാറത്താക്കുന്നു അതിനോട് കിതാബല്ല എഴുതി ഉണ്ടാക്കിയതിനു ശേഷം ഇത് ഇങ്ങനെ ഒരു കിതാബ് ഉണ്ടാക്കിയിട്ട് എന്ന് പറയണല്ല കാരണം ഇത് ഇതോടുകൂടി കിതാബ് ഉണ്ടാക്കി തുടങ്ങിയാണല്ലോ ഇന്ന് അപ്പൊ അതെ പറയാം മതി മനസ്സിൽ കണ്ടുവച്ച കാര്യം ഉണ്ടാവില്ല അതിനേക്കാണ് ഹാദിഹി പറയുന്നത് അപ്പൊ ഹാദിഹി കൊണ്ട് പറയുന്ന സാധാരണ പുറത്ത് ഹാദരായൊരു സാധനത്തിനല്ലേ വരേണ്ടത് മനസ്സിലുള്ളതിന് പറയാൻ ഹാദി ഉപയോഗിക്കാൻ പാടില്ലല്ലോ അതിന് പറയുന്ന മനസ്സിലുള്ളതിനാ പുറത്ത് വന്നതായ ഒരു സംഗതിയായി രൂപാന്തരപ്പെടുത്തുക മനസ്സിൽ സാധിച്ചപ്പെടുത്തുക ഇതിൽ വിശാർത്താക്കുക അപ്പോൾ തശബീഹുണ്ടാകുമായിട്ടുള്ളി ഇങ്ങനെ മനസ്സിന് ഹാജരാക്കിയ ഈ കാര്യങ്ങളെല്ലാം പുറത്ത് ഹാജരാകുന്ന സാധനത്തിനോട് ഒമിച്ചിട്ട് അതിന് പ്രയോഗിക്കുന്ന പ്രയോഗം ഇവിടെ പ്രയോഗിച്ചോണ്ട് അപ്പൊ ഇസ് അർത്ഥത്തൊന്ന് തശബീഹിൻ അതാ നഗര മനസിന്റെ ഉള്ളിൽ കോവ ചെയ്യപ്പെട്ട ഇബാറാത്തുകളെ മൂപ്പിൽ ഇറക്കി മൻസിലത്തെ കണ്ണുകണ്ട് കാണുന്ന മഹസൂസായ ഹാദിറായ ഒരു സാധനത്തിന്റെ സ്ഥാനത്തേക്ക് ഇറക്കി എന്നിട്ടോ എന്നിട്ടാണ് ഇഷാറത്തിന്റെ ഇസ്മ പ്രചോദിച്ചത് ഈ ഇബാറാത്തിനെ ഉപിച്ച് എങ്ങട്ട് ഇഷാറത്തിൽ ആ ഇസ്മിലെ വെക്കപ്പെട്ടതായിരുന്നു ലിഖുല് ഹാദിരി മഹസൂസ് കണ്ടുകൊണ്ട് കാണാവുന്ന ഹാദിറായ സാധനത്തിന് പറയാനാണ് ഹാദി പറയേണ്ടത് അവിടെ മജാതക്കി ആ എന്നാ പിന്നെ നിങ്ങൾ മനസിന്റെ ഉള്ളിലുള്ളൊരു കാര്യത്തിനാ ഹാമിലുള്ള വസ്തുവിനോട് തശ്മി ഹാക്കി എന്ന് പറഞ്ഞിട്ട് ഹാദി പ്രയോഗിച്ചു എന്നാൽ തന്നെ ഒന്നും കൂടെ വയ്ക്കൂടെ ഹാലിക്കുന്നുള്ളൂടെ പറഞ്ഞിരിക്കും വൈദ്യുതി നിഷാർത്ഥം അങ്ങനെയും കൊടുക്കാല്ല തുല്ക്കാന്നോ അതെന്ന് പറഞ്ഞൂടെ ഇത് ഇവിടെ എന്തിന് പറയുന്നത് അത് പറയുന്നത് ഇത് എന്ന് പറഞ്ഞാൽ നീളെ കൈക്കിനി അതെന്ന് പറയുമ്പോൾ കുറച്ച് ദൂരത്തേക്കും ദൂരത്താകുമ്പോൾ എടുക്കാൻ കുറച്ച് പ്രയാസം അതല്ല ആ രീതി ഇത് നീളെ എല്ലാരുടെ കെയ്മലും വെച്ചേരാുന്ന പാകത്തിന് വളരെ എളുപ്പകരമാക്കി തീർത്തിരിക്കുന്നു എന്ന സൂചനക്കാണ് ഇത് എന്ന് പറയുന്നത് അല്ല واختار مصنف رضي الله عنه الشيخ رضي الله عنه ترنبط لفظ الموضع للقريب اسم الاشاره تنن كريم بن വേണ്ടി വക്കപ്പെട്ട لفظня മുപ്രെടുത്തது ಅದને али തമ്പി ഇണത്താൻ വേണ്ടി انا انها ಅದ ഇൻതമ മുപ്ര ഇബാറത്തു करीമത്തു തനവലി ಅದൈ കയാര നീയാൻ വേണ്ടി അടുത്ത് കിട്ടുന്ന സാധനമാണ് ആര് പ്രയാസം തോന്നുന്നില്ല എന്ന് കണിക്കാനാണ് ഖുർആനടാലാലികൽ കിതാബോ എന്ന് പറഞ്ഞാണ് ഓരോ ജോണ്ട് സംഗതിയാണ് അതുകൊണ്ട് തന്നെ ശെരിക്കമായിരുന്നു അഫീദത്തു അതെന്താ മഹാ അന്നഹിതൻ ധാരാളം അഖീല പറയാൻ പോകുന്നുണ്ട് അമ്മാനെ പറ്റിയുണ്ട് അമ്പികളെ പറ്റിയുണ്ട് മഹായിക്കത്തിനെ പറ്റി ഉണ്ട് കിതാബിനെ പറ്റിയുണ്ട് വർഷികളെ പറ്റി എല്ലാം പറയുന്നുണ്ട് അപ്പോ കൊറേ അക്കീല ഇല്ലേ എന്നിട്ടും അക്കീൽ ഒരക്കീലാന്ന് മാത്രമല്ല തന്നെ എല്ലാം കൂടെ ഓന്നിയാൻ സ്ഥാനത്തെ അത് എളുപ്പമാണ് അത്രയും എളുപ്പമുണ്ട് വേറെ പറയാസൊന്നും തോന്നില്ലെന്ന് കാണിക്കാനാണ് പിന്നെ മൈഗ്രോ സനിയോൻ അത് സനിയാണ് നിസ്ബത്തൊന്നില്ല സനാ സനാ എന്ന് പറയുന്നില്ല സനാമീർ സനാഇ എന്ന്ണ്ടാവില്ല സനാ എന്നതിലേക്ക് നിസ്ബ ചെയ്തിട്ടാണ് സനീ എന്ന്മാനത്താല സനീയ്യത്ത് വഹുവ ഈ സനാ എന്ന് പറഞ്ഞാൽ അ നൂറ് പ്രകാശം അപ്പോൾ സനീൻ എന്നാൽ എന്തായി പ്രകാശത്തിലേക്കു ചേർക്കപ്പെട്ട സാധനം എന്നി يعني അന്നാ വാഹിഹത്തുൻ ലിൽ ദലാലത്തി അല മാഅാനഹാ ഈ അഖീദന്റെ മാഅനന്റെ മേലിൽ ഇത് വളരെ വാതിഹാണ് നല്ല പ്രകാശപൂരിതമാണ് ഏടിയും കെട്ടിക്കൊടുക്കുകയാണോ ഏ ഇരുട്ടോ ഒന്നും അവ്യക്തമായ കാര്യങ്ങളൊന്നും ഉണ്ടാവൂലെന്ന് ഇരുട്ടു എന്ന് പറഞ്ഞാൽ അവ്യക്തന്നെ വിശാർത്ഥാണല്ലോ സമ്മേ തുഹൽ ഹരീദത്തൽ ബഹിയ എന്ന് ഞാനതിന് പേരിട്ട് അത് അൽ ജുംലത്തു സമ്മേ തുഹൽ ഹരീദത്തൽ ബഹിയ പേരും ഫാരും മക്കൂലൂടെ കൂടി ജുബലിയത് അല്ലെ അത് اسم فتو عقيده ذات وهي عقيده التي فطر جملون سيبتونه عقيده سميتها الخديجه البغيه ابو سنيه مفردوله صفته وت كلمه على سنيه اذا مركبوله صفته ان والخديجهو انو معناها بند وثير الارجل ان خريذا ونفل اصله الؤلؤه التي لم تتقب تنكضات مثنانه خديذا ولي മുത്ത് തുറക്കപ്പെട്ട വില കുറഞ്ഞു പോലും തുറക്കപ്പെടാത്ത മുത്തായ വില കൂടിയ മുത്തായി ആടാണ് അസരി പിന്നെ ബഹിയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഹരീദ ഹരീദക്ക് ചിപത്താണാൽ ഹരീദത്തുൽ ബഹിയ എന്ന് പറഞ്ഞാൽ നല്ല തിളങ്ങുന്ന മുത്ത് ഏ ഈ ബഹിയ എന്ന ബഹായിലേക്ക് മനസ്സൂബല്ലേ ബഹിയത്ത് അല്ലെ വൽ ബഹാ ബഹാ എന്നുള്ളത് പറഞ്ഞാൽ അല്ലിയ പ്രകാശം തന്നെ നല്ല ജലിക്കുന്ന സാധനം വസ്ത്ര മൂപ്പറ് ഈ അഖീതയ്ക്ക് വേണ്ടി അൽ ഹരീതത്തുൽ ബഹിയ എന്ന പേരിന് ഇത്യാർത്ഥി ചെയ്തിരിക്കുക വിസ്താർഥിയണമെങ്കിൽ എന്തോണോ ആ ദിനോട് തശ്മീ ആക്കണം അപ്പൊ എന്റെ ഈ അഖീത ഒരു തുളക്കപ്പെടാത്ത തൊണ്ണങ്ങുന്ന മുത്തിനോട് സാദൃശ്യമായിട്ടുണ്ട് ഇതിലെന്തോ അതിന് പേരെന്നെ കൊടുത്തോ അതെന്നെ മുത്തു നിങ്ങൾ പേരും ഇസ്ലാർത്ഥാക്കുമ്പോ തശ്മീ ഉണ്ടാവും ആദ്യം അക്കീദയ്ക്ക് വേണ്ടി പ്രിസ്റ്റാറഫ് ചെയ്തു ഹാദൽ ഇസ്മിൻ യു താബിക് ഇസ്മുൽ മുസമ്മ മുസമ്മേദ അക്കൈത് ആ മുസമ്മയോട് ഈ ഇസ്മു യോജിക്കാൻ വേണ്ടി രണ്ടും നല്ല യോജിപ്പുണ്ടാകും എന്നിട്ട് നമ്മ ധകര പിന്നെ മോ പറയനിയം പറയുന്നു മിൻ നുഹിയ അഖീദന നഫിൽ നിമ്പദല്ലം പറഞ്ഞു ഒന്ന് സനിയതാ എന്ന് പറഞ്ഞു ഖരീതുൽ ബഹിയ എന്ന് പറയുമ്പോൾ നമ്മന്റെ മുത്തോട് തുളിയമായി വരമദിക്കാൻ ആവാത്ത സാധനമാണ് ദീൻ കേറിയോസ്ഫായെന്ന് കണ്ടോ യഖതലി അയല മാ യഖതലി റഹ്മത ഫീ തനാബുലിഹാ അത് കൈഗാരൻ ചെയ്യാൻ അല്ല ര ആശ വഫിക്കുന്ന കാര്യയേച്ചോസ്ഫായെന്ന് മനസ്സിലായോ അയാ നമ്മൾ നക്തബ് ദം All of people, example, a ൂ എന്നൊക്കെ പറയുമ്പോ അല്ല പിന്നെ നമുക്ക് നോക്കി അറിയുന്നത് പമ്പിച്ച് തന്നെ ഭയങ്കര പേജുണ്ട് പോട്ട് പറഞ്ഞിപ്പോന്നും നോവില്ല അതിന് മടിവന്ന് നിക്കൂ അപ്പോൾ അത് കൈകാര്യം ചെയ്യാൻ എളുപ്പമാക്കത്തക്ക രീതിയിൽ ഉള്ള ഉസ്മ പറയുന്നത് ലത്തീഫുൻ അത് ലത്തീഫത്താണ് സഹീറത്തു ആണ് ലത്തീഫത്തും സഹീറത്തും തമ്മിലുള്ള വ്യത്യാസം പറയുന്നത് ലുത്തുഫിൽ നിന്നാണ് ലത്തീഫത്ത് കുടിച്ചത് അതിന്റെ ഭാഗ്യരോധനാണല്ലോ ഈ ലത്തു ലുത്തുഫ് എന്നുള്ള റിബുൽത്തിന്റെ എന്താ തിരിച്ചാണ് കത്തി കൂടാ പറയുക ആ കത്തീഫ് കത്താഫത്ത് മറ്റേ ലത്താഫത്ത് മീൻ ലത്തുഫ ലുഫയിൽ നിന്ന് പിടിച്ചതാന്നാ പറയുന്നത് ലത്തീഫ് അതുകൊണ്ട് ലത്തീഫ് എന്നുള്ളത് സിഫത്സബ് സിഫത്തുബാകുമ്പോ എന്താ പറയുന്നത് മണ്ടു പറഞ്ഞതല്ല ലാസിമെടുക്കൂ അപ്പൊ ലത്തുഫയാണോ കൗറുമ പോലെ െന്താ നേരിയത് കട്ടി കുറഞ്ഞത് റക്ക ദക്കയും റക്കുമ്പോൾ വ്യത്യാസം പറയും അപ്പൊ ലത്തീഫോ എന്നുള്ളത് ഉണ്ടായി ആ സഹീറുള്ള കട്ടി കുറഞ്ഞതിന്റെ ലത്തീഫോ എന്ന് പറയും അതുപോലെ തന്നെ വർ റസീഫ് കിവാം അതിന്റെ കിവാമ അതിന്റെ ഘടകങ്ങൾക്കാണല്ലോ കിവാമെന്ന് പറയുന്നു അതിന്റെ പാറ്റ്സ് വളരെ റൊക്കീക്കായ സാധനം കനം കുറഞ്ഞിട്ട് ലഘുഭാഗത്തിന് വെച്ചാൽ പോലെ പറയില്ലേ നമ്മളെ പോസ്റ്റിൻ തുണിയും കാണുന്നില്ല അതിന്റെ കിവാമെന്താണോ അട ആ തുണിയ വളരെ റൊക്കീക്കാറു അല്ലെങ്കിലോ അപ്പൊ ഈ ഷപ്പാപ്പുല്ല മാറ അതിന്റെ അപ്പുറമുള്ള തടുക്കാത്ത ഈ ട്രാൻസ്പെറന്റ് ഉണ്ടല്ലോ ഇന്നിട്ട് വെച്ചാ ഇതെ കൂടെ നോക്കിയാൽ കാണുന്നില്ലേ ഇതാ ഷപ്പാപ്പു പറയാ ട്രാൻസ്പെറന്റ് അതിന്റെ ഓഫീസിൽ കറി ഒപ്പേക്ക് എന്ന് പറയും ഈ സാധനത്തിന്റെ ഇപ്പുറം വെച്ചവര് കാണൂല ഇത് ഒപ്പേക്ക് അവിടെ ഇത് കത്തിക്കെന്ന് പറയും അപ്പുറം വെച്ച സാധനം കാണുമ്പോ എന്ന് പറയും ലത്തീഫാണ് അപ്പൊ കനം കുറഞ്ഞതിന് പറയും കത്തി കുറഞ്ഞതിന് പറയും പിന്നെ അപ്പുറമുള്ള പ്രകാശം തടയാത്ത സാധനത്തിനും പറയും അപ്പോ കുജാ ഇതിരെ പളക് പോലെ കുപ്പി പളങ്കിലുണ്ടല്ലോ അബ ഫൈദ ഉതലക ബിഹാദൽ മഅനാ അലല്ലാഹി തആല لطيف അന്നല്ലാഹി ബിർ പേറുണ്ടല്ലോ ആ പേര് അല്ലാഹു തആലക്ക് പ്രയോചിച്ചാലേ ഈ അർത്ഥം നമ്മൾക്ക് സുതവല്ല കാരണം ഇതെല്ലാം ഹാദിത്തിന്റെ ഔസഫാണ് കട്ടി കൊർന്നതു കന കോദനൊക്കെ പറഞ്ഞ അതി അതെ അബ ഫമാഇനാഹു അപ്പോൾ അല്ലാഹു തആലക്ക് പ്രയോഗിക്കുമ്പോൾ അതിൽ ആനന്ദാകും അൽ ആലിമു ബിഖത്തിയത്തിൽ ഉമൂർ എല്ലാ രഹസ്യമായ കാര്യവും അറിയുന്നവൻ അന്നായ് എന്നുവെച്ചാലോ ഇവർ കണ്ണാടി വെച്ചിട്ട് അപ്പുറത്തേക്ക് നോക്കിയാൽ ഉള്ളിലുള്ള മറിഞ്ഞോടക്കൂല അതിന് മറയായി കണക്കാക്കുന്നില്ലല്ല എന്തോ ലോകത്ത് ആർക്കെന്ത് മറുണ്ടെങ്കിൽ അന്നൊക്കെ ഉന്ന് മറയല്ല എല്ലാ രഹസ്യങ്ങളും അറിയുന്നു എന്നർത്ഥത്തിൽ അതുകൊണ്ട് ഹാ ദിസായ ഈ വസ്ഫ് ഒന്നാമത്തെ പറ്റാഞ്ഞു വന്നാൽ ഇപ്പോൾ മൊട്ടത്തിൽ ഉസൂൽ തവതി പറഞ്ഞിട്ടുണ്ട് ഏതൊരു ഇസ്മു അന്നാമത്താലിത് പറ്റാഞ്ഞാൽ ഒരാ ലാസിലേക്ക് അറങ്ങോളൂ അറബണി ബുരിഉതു ബിയാറതികു ദാം ലിമാ മർറ മുൻബ പറഞ്ഞ കാരണത്തിന്റെ വേണ്ടി അസൂറു തൗഹീദാണ് മിൻ അന്ന ലഫ്ല ഇദാ അവഹമ ഖിലാഫൽ മുറാദി ഫീഹി തആല ഉർലഫിൻ മാനാന്താകുന അദല്ലാഹു തആലക്ക് പ്രയോഗിച്ചാൽ മുറാദിന ഖിലാഫു തുണിപിക്കുന്നു അല്ലാഹു തആലക്ക് വെച്ചിട്ടില്ല അന്നു യുറാദു മിഹി മിൻ ലാസിമുഹു അദല ലാസിമ ആയ മാനാ അർത്ഥം വെച്ചുകൊണ്ടിന്ന വ റഹീമാന അറപറഞ്ഞു അതേ നാണു കൊണ്ടായിരുന്നു അല്ല അത് ആറിഞ്ഞു ഇത് ലത്തൂഫല്ലേ കൗമല്ലീ പറഞ്ഞത് അഹസനഅ അത് പറഞ്ഞു വാമ അതാ പറഞ്ഞി ലത്തുഫു അപ്പുറു എന്നുള്ള വാബാണെങ്കിലോ അപ്പൊ പിന്നെ ആദ്യം പോണ്ട انما بما اينه في حقه تعالى ما امنك الله ترحم البر جوذنا حيث تنى محسن من ام على عباده ما انك وبهذا اذ قرنوا تلا انك مثل اي وجه من فسر اللطيف بالعليم بخفيات الامور وواجههم فسروا بالبر المحسن لعباده هذا الفيح أن يسمى كتابة نوكية الأراضي الأعلم بخفيات اللوهور أن غانا الله كارتن بشده هذا يقول لك لطفا يلن بشد آنه أصل معانا للعظيم وعنه نركم معانا الله كسو لا يقول لا كارتن باقي بر قرن جينا ون محسن أن أرتم بشد لطفا يلطف اللي بلسر آنه صحيح كورلون അസ്മിനെ ഇറങ്ങി പറഞ്ഞത് ആ ഇനി എടുക്കട്ടെ ഇതെല്ലാം അള്ളാക്ക് പറഞ്ഞല്ലേ നമ്മൾ എവിടെ ലത്തീഫത്തുൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കിതാബിൻ ലത്തീഫിന്റെ വന എന്താന്ന് അത് വൽ മുറാദ് ഹുന നമ്മളെ അക്കീദക്ക് എവിടെ മുറാദ് അന്നഹീദത്തുൽ അൽഫാൻ ലഫുന്ന് വളരെ കുറവേ ഉള്ളൂ എന്നായി ഒരർത്ഥം ഇതിന് മുമ്പെന്താ പറഞ്ഞ് ഇതിൽ ഉണ്ടെങ്കിലും അത് മനസ്സിലാക്കാൻ പ്രയാസമില്ല ബളിപ്പിച്ചു നോക്കൂല എല്ലാ കാര്യം വ്യക്തമായി പറയും എന്ന് കണ്ട ഷാസ് മൂന്നർത്ഥം കൊടുക്കാം നോക്കാ സരിസത്തുൽ അൽഫാളെ സിൽസത്ത് നയിക്കിൽ അളവുണ്ട് സരിസത്തുൽ അൽഫാൾ അൽഫ അത് വളരെ നല്ല ഒഴുകുന്ന സൈസ് കയ്യാറെ എളുപ്പമുള്ള കിട്ടിക്കൊടുക്കില്ലാത്ത ആ വാദിഹത്ത് അല്ലെങ്കിൽ വളരെ വാതിഹത്ത് അയുർവേനാക്കി ചപ്പാപ്പിലേക്ക് ഓപ്പിച്ച് മൂന്നർത്ഥത്തില് അപ്പുറം പറഞ്ഞിരുന്നു വൽകൊല്ലു സഹീഹൻ എല്ലാം സഹീഹൻ്റെ ഈ മൂന്ന് ബസ്സും അക്കിടക്കുണ്ട് മുഖത്തിലാണ് ബൈസാഖിന് വളരെ മുഖത്താണ്ടെന്ന് കലപ്പാടാ ഡക്കേന ഡക്ക റക്ക ചാപ്പ് മൂന്ന് വേനൽ വെച്ചിരുന്നു இன்னால் وعلى الاولي اول انشيرشي اذا ഒന്നാമത്തെ મને പറഞ്ഞது قليلتุล الفاظ അല്ലേ அப்ப ரፈ கவுலு ஆபුസന്നിபின் දмак الله صغيرتم في الحجم എന്നല്ലндай આવર્ತನ ആയി মারின்றது த طيبتن ആണ് എന്താണ് الفاظ കുറച്ചേ ഉള്ളൂ എന്ന് അല്ലേ قال صغيرتم بالاجمي كثير ஓന്നോന്നല്ല તેમ ആണ് ઓને ಇದೆ அப்ப angle വരുമ്പോൾ અલ ഖદറു حجමનો કટી અલ ഖદറു حجમી في الادمين ورعي القادرين لويكندي اما وصفه كاشف من ان لذيفه تنو বলদিনதே ஒரு bayan dendiya is basfuka shifa nu vannal bayan لذيفه اينما نندا صغيره في الادمين فابيا توها احدم وصبرون بيتن 71 ولي بيتاغنو വലമ്മ കാനു ഈ പറയപ്പെട്ട ഭയപ്പോൾ അത് ഊഹം പെരുത്തുന്നുണ്ട് അന്നഹ കളീനീ ആ കട്ടിയും കുറവ് അൽഫാളും കുറവ് എല്ലാവർക്കും തിരിഞ്ഞ് അപ്പൊ അക്കീനെ തേച്ചൊന്നും പറഞ്ഞിട്ടുണ്ടാവൂലോ കുറച്ചേ ഉണ്ടാവുള്ളൂന്നൊരു തോതിലുണ്ട് സ്വാഭാവികമായി തോന്നു സ്വാഭാവികമായിട്ടൊരു കാരണമെന്നൊക്കെല്ലോ അപ്പൊ പ്രബദ്ധന്നി സ്റ്റത്തല കാര്യ അതിനെ വിരിത്തു കൊടുത്തു എന്നോട്ത്തെ ബി അർഫാഹ അൽ തബഹു മാ അ തൗന്ന റ വണ്ട ബി കൗരിഹു കൗലി കൊണ്ട് സുദറാതി ദൈനോ ലക്കിനഹാ കബീറതുൻ ഫിൽ ഇൽമി ഇൽമിൻ വിഷയത്തിലേ കാരണല്ല കബീറതായി മാറിയേ ചെയ്യുവെന്നോ അതവിടെല്ല അത് ശരി പ്രബോധനല വെച്ചി ചെറുതായി അല്ല ഇപ്പോൾ പറഞ്ഞല്ല ഹജിമിൽ കുറച്ചേ ഉള്ളൂ ആയിരം പൈത്തൊന്ന് അലച്ച പോലത്തെ ആയിരം പൈത്തൊന്നുമില്ല എഴുപത്തൊന്ന് പേര് ഉള്ളൂന്ന് അതന്നെ ആ കഥന്റെ അളവ് പറഞ്ഞില്ലേ കഥ എത്രയുണ്ട് എഴുപത്തൊന്ന് പേര് വീത്തേയുള്ളൂന്ന് കബീമത്തുൻ അലിമത്തുൻ ഇൽമിന്റെ വിഷയത്തിൽ അപ്പൊ ഇൽമെന്ന് പറയുമ്പോ എന്താ ഈ ഇൽമിന് പല വ്യാഖ്യാനങ്ങളുണ്ടല്ല കസൂർ സുറത്ത് ചൈ ഉണ്ട് ആ ചെയിൽ ഹാസിലും ഉണ്ട് വലയുണ്ടല്ല ഇവിടെ ഏതാ ഇൽമുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അൽഫാദ് കൊണ്ട് ഇൽമിന്റെ മേലെ അറിയിക്കുന്ന ചില മഹാനികൾ കിട്ടുമല്ലോ ആ മഹാനി അവിടെ ഉദ്ദേശിക്കുന്നു അൽഫാദ് കുറച്ചാണെങ്കിൽ മഹാനി ധാരാളം ഉണ്ട് അല്ല അയിൽ മഹാനിൽ മധുരൂരത്തിലഹ ഈ അക്കായി അൽഫാദ്ണ്ടല്ലോ അതിനുരൂരക്കായ മഹാനികളാണ് ഇവിടെ ഇൽമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണല്ലോ മനസ്സിൽ പോകിയത് അതായിരിക്കാം അതെന്താ അതിന്റെ കാരണം ഈ അറീമത്താകാനുള്ള ഒജിഹ അറിയുന്നു ഈ അന്നഹ് തല ബയാനി മാ യെജിബു ഇല്ലാഹിത്താലു താലാക്ക് വാജിബാഗ് കാര്യങ്ങളെ ബയാൻ ചെയ്തിൽ അതിലുണ്ട് പിന്ന അള്ളാഹു താലാക്ക് മുസ്തഹീനായ കാര്യവും ബയാൻ ചെയ്തിലുണ്ട് ചോദിക്കുക അള്ളാഹു താലാക്ക് ജായിസാ എന്ന കാര്യം ബയാൻ ചെയ്തിലുണ്ട് അപ്പൊ നാൽപ്പത്തൊന്ന് കാര്യങ്ങളുണ്ട് വാജിബ് ഇരുപത് സഹീർ ഇരുപത് ജാ ഇത് ഒന്ന് അമ്പതൊന്നല്ലൊന്ന് നാൽപ്പത്തൊന്ന് മിഥിലി ധാരിക്ക ഇതേ മിസില് ഇതേ മിസിലെന്ന് പറഞ്ഞത് വായജിബു വമിതുജു ആ എണ്ണത്തിലാ മിസിലാണ്ട് കൈക്കേറ്റല്ല കാരണം അന്നാർക്ക് വാജിബാകുന്ന അല്ലല്ലോ മുർത്തലികൾക്ക് സി ഹക്കി റുസലീ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹക്കിന് വാദി ഭാഗന്ന് മായജിബു മായ സഹിരു മായജിബു ഓരോ ഒമ്പതുണ്ടാവും അപ്പൊ അയിണ്ടായില്ല മാത്രമല്ല അപ്പൊരു അറിഞ്ഞി അമ്പത് ഒരുപിന് ഭയം വേണം ദലീല് വേണം അതെ അവർഹാനുകളും പറയും അല്ലത്തി എങ്ങനെയുള്ള ബുർഹാനുകളാണ് യഹറുൽഹ ആ ബുർഹാൻ മുഖേന പുറപ്പെടും അതിൽ മുക്കല്ലെപ്പ് ദിവക്കത്തി തക്കലീ തക്കലീതിന്റെ കണിയിൽ നിന്ന് പുറപ്പെടും തക്കലീത് ഉണ്ടായാൽ പൊറ്റൂലന്നല്ലേ പറയുന്നു അപ്പൊ തക്കലീതിന് കഴിച്ചലാണ് എന്ത് വേണം ഒന്നിക്കും വിശ്വതിലാകെ അല്ലെങ്കിൽ കശ്പ് വേണം എന്നാണ് പണ്ടേ നമ്മുടെ താനൂന് കശ്പുണ്ടാകുമ്പോ തെരീക്കത്തും പോണം കൃത്യത്തിൽ കൂടി കശ്പോ രണ്ടാമെന്ന് കഴിച്ചാലും ഏ അപ്പൊ തക്കലീദിന് അപ്പൊ മുസ്തലഫ് ആയ ഈമാനു കഴിച്ച ആവശ്യമുണ്ട് എവിടത്തേക്കില്ല അനൂറിലേക്ക് തഹക്ക പണ്ട് നമുക്ക് ഒരേ അർത്ഥം പറ്റിട്ടുണ്ട് തെഹേക്കിന് ഒരു സംഗതി എന്താകാം തകലീദിന്റെ മുക്കാബലിൽ തെഹക്കു പറയും തസ്തീഖിന്റെ മുക്കാബലിൽ തെഹക്കയ്ക്ക് പറയും തഹിരീന്റെ മുക്കാബിലേ തെഹക്കയ്ക്ക് പറയുന്നുണ്ട് ആ ഒരു തക്കലീദ് ആ തകലീദിന് തുറന്നിട്ട് നമ്മൾ ദലീല് കണ്ടത്തിന് എന്താ തസ്തിക്കും അതാണ് ഇവിടെ തസ്ത്രീ ദില്ലിന് കഴിച്ച് തഹിക്കിലേക്ക് എത്തുക എന്ന് പറഞ്ഞതായില്ലേ ഒരു മസാല മറ്റൊന്ന് തസ്തിക്കുണ്ടാവും തസ്തിക്കെന്ന് പറഞ്ഞാൽ ഒരാളെ സംഗതി പറഞ്ഞു തന്നെ വാസ്തവമാക്കി വാസ്തവമാക്കിയതിന് ആ പറഞ്ഞതുപോലെ തന്നെ സംഗതി പുലർന്ന് ആ കണ്ട ഓം പറഞ്ഞതില്ലേ കണ്ടത് എന്ന് പറയുമ്പോൾ തന്റെ വാക്യത്തിനൊപ്പി ആ വാർത്തക്കൊപ്പിച്ച് വാക്യത്ത് ഹക്ക് എന്ന് പറയുമ്പോ തഹദീബിന് തുടക്കത്തിൽ പറഞ്ഞാൽ ഹക്കും തമ്മിലുള്ള വ്യത്യാസം അതാ തെഹത്തേക്ക് മറ്റൊന്ന് നാഹ്യൂർ ചെറിയ ഹൈക്കത്ത് കണ്ടെത്തിണ്ടല്ലോ ഈ തെഹത്തേക്കു നമ്മൾ രണ്ടാമത് പറഞ്ഞത് അപ്പോൾ അവന്റെ കഴിച്ചിലാക്കാൻ കഴിയും ما سياقتي عندنا خلافండో அது முக சேஷம் പറയാ bayanul khilaf fi imanul muqallidi inshallah taala muqallid ne iman sahiyano illyo adine khilaf inshallah mukamiye parayam apu oru mitriy kani thurnittilla wa alar raddi ana ahli al lalali balalind ahli gar ke edil radd parayil me kitabilodu shia kalu ninna hatathiliya kalu ninne എന്താ മതി മറ്റേ ജോലി സംഭവം എന്താ പറയുക നൈപുതിയെ ഒക്കെ മാക്കണ പൈസറും അതും അല്ലാണ്ടും എല്ലാവരും ആക്ഷേപിച്ചു പറയുന്നുണ്ടോ തല്ലിയ ചിലപ്പോന്ന് വെച്ച വെറവസത്തിൽ സൂചനാ രീതിയിൽ പറയും അതായത് കാനൂല് പറയും ഇതിനെതിരെല്ലാം വാർത്തലാണ് ഒത്തിരി പ്രശ്നം അയ്യാത്തിന്റെ മേലും ഒരുമിച്ച് എന്നിന്റെ അടുത്തു മുംബൈക്കുമായി അപ്പൊ അന്നാർക്ക് വാജിപ്പ് മുസ്തഹ മുസ്തഹിങ്ങൾക്ക് വാജിപ്പ് മുസ്തഹീജാഹിദ് പിന്നീടുണ്ട് പിന്നെ ഓരോന്നിനാവശ്യമായ രീതിയിൽ ഏഴായി പിന്നെ ുകാർക്ക് റെഡ് എട്ട് ഒമ്പതും സംശയിയായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാലോ അക്കലീയായ കാര്യമെല്ലാം ഒരു അമ്പയാക്കളൻ ആവിൽ കൂടി കേട്ടിട്ട് അംഗീകരിക്കുന്ന കാര്യം ഉണ്ടാവും ഇപ്പൊ പല ലോകത്ത് ചെറുതന്നലെ ബാല ഉണ്ട് അക്കല് നോക്കിയാൽ എന്താ പറയാതൊന്നും ശ്രീ മുട്ടൂല അത് അമ്പിയാക്കളം ആവിൽ കൂടി കേട്ടിട്ട് അങ്ങനെ لا، إنه ونبضي وعلى شيء من التصوّق، تصوّق في اللقور، صغر عليكم الله وإنه هذا أطرار الباب فالدياتين ودينه، فالكُنّن عَلَّذِي وَحَيَاةُ النُّفُوثِ إنك أنت تصوّوانا أداعنا نفسك لك حياتك لك النصادنام أداعكمنه ഇതൊക്കെ മുജുമലാണ് നിപ്പറഞ്ഞ മുജുമലാണ് ഇന്നത് വരാൻ പോകുന്നുണ്ട് ഇന്നത് വരാൻ പോകുന്നുണ്ട് ആ മുജുമലിന് മുഫസ്തലായിക്കൊണ്ട് ഇൻഷാ അള്ള നേരിട്ട് കാണാൻ കഴിയും ഓയിത്തീരുമ്പോ ഇൻഷാ അള്ള അതുകൊണ്ടാണ് കാള മുസന്നിപ്പ് പറഞ്ഞു പറയുന്നു മുസ്താനപ്പം ഒരു സ്വാല് പറയുക ആ സ്വഹാലന്റെ ജവാബായിട്ട് പറയും പോലെ പറയുന്നില്ല അവരെല്ലാം കാണല്ല അതായത് നമ്മ ഈ പറഞ്ഞിടത്തോളം കാര്യത്തിൽ നിന്ന് പെട്ടെന്ന് നമുക്കൊരു സംശയോടിക്കുന്നുണ്ടാവും ആ സംശയം ചോദിക്കുന്നതിന് ഉൾപ്പെട്ടായിട്ട് എന്തോ പറയും ചോദ്യം എന്നതിന് മുമ്പ് മുസ്ത്രം പറഞ്ഞിരിക്കും മുസ്താവിനെപ്പ് ശ്രീ ജവാലി സുഹാലി മുഖദ്ദിൻ മുഖദ്ദായ സുഹാലന്റെ ജവാബിലായിക്കൊണ്ട് പറയും എങ്ങനത്തെ സുഹാലാണ് നസാമിമ്മ കബു മുമ്പുള്ളതിൽ ഇനി ഉടലെടുക്കുന്നതാണ് എല്ലാ പറഞ്ഞത് ഇത് കട്ടി കുറഞ്ഞൊരു കിതാബാണ് എല്ലാവർക്കും കൈകാര്യം ചെയ്യാവുന്നതാണ് ഏ കാര്യമായ എൽമല്ല ജകത്തുണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പൊ ചോദിച്ചു എന്നാ പിന്നെ അക്കീത പഠിച്ചിട്ട് നജാത്ത് കിട്ടാൻ ഇത് മാത്രം മതിയോ ഇതപ്പുറം വല്ലതും ഓതാണ്ട് ലഹിച്ചതാവുമോ എന്ന് ചോദിച്ചോ ഈ സഹിച്ചതാവൂ എന്നാ മതി കൂടുതൽ മുടിക്കണ്ട ശരിക്കും മൂബാ ബനീക്കപ്പിലേക്കാവശ്യമായ അക്കീതന്റെ വകുപ്പ് ഇതാണെന്ന് പറയുന്നു ഓരോ മൊഴിവിന്റെ മഹാന്മാർക്കും അച്ഛൻ അക്കീതി തിരുമ്പാണ്ടേ എനക്ക് കിത്തുണ്ടാക്കിയിട്ടുണ്ടോ അപ്പർ വലിയ കാവിലായി അളന്നല്ലോ ഒരു മൊറീനാവശ്യമായ എല്ലാ പന്നുകൾക്കും അപ്പർ കിത്താണ്ടാക്കിയിട്ടുണ്ട് ബലാമത്തിന്റെ പന്നുണ്ട് മറ്റാവിന്റെ പന്നുണ്ട് നെഹാബിന്റെ പന്നിലുണ്ട് പിന്നെ അക്കീതന്റെ തിരി അന്റെ കൈയിൽ നോക്കിയിട്ട് ആദ്യ അക്കീതെ തെളിയിതാക്കിയിട്ടുവാണെന്നാണ് അവർ ിക്കുന്നുണ്ട് മാലിക്ക് സർവശ്വരനുണ്ടല്ല തെളിവിലോട്ടുണ്ട് നല്ലതാണും പാത്രം ഒത്തൊരാളാവും ഒരു താഴാവില്ലല്ല വൈകിട്ട എന്താ ചോദ്യം ഹാൽ തൃ ഹാദിയില തീരത്തു മുക്കല്ല പീതി ഒരു മുക്കല്ല മനുഷ്യന് ഈ അകീത മതിയാക്കുമോ അവരുടെ ദീനിയായ കാര്യങ്ങളിൽ അറിയാനുള്ള കാര്യത്തിൽ ഇത് മതിയോ ഇതിനപ്പുറം കിട്ടാബോധനോ എന്നൊരു ചോദ്യം അങ്ങനെയാണല്ലോ കമാലി തമു നിങ്ങൾ ആദ്യം പറഞ്ഞാൽ അറിയിക്കുന്നു എന്താ കബീറത്തും കബീറത്ത എന്ന് പറയുമ്പോ അത് മതിയാവുന്നല്ലേ നിങ്ങൾ അറിയിച്ചത് ഉസ്ഫങ്ങനെ അറിയിക്കുന്നു ആ അവവഹദ അവഹദ മിൻ ബാബിൽ മുബാലഗ എല്ലാ ഈ വസ്വുർ മുബാലഗ മാത്രൈ പോയോ ഒരു അവിശ്യക്തിവരില്ലണ്ടല്ല അങ്ങനെയുള്ള ഹഖീഖത്തിൽ ഉള്ളതന്നെ തന്നെയാണ് അള്ളാഹു അദാ തകഫീക ഇൽമൻ ഇൻ സൂബൂ ഇന്തൂലിദു അൻ തകതഫീ ലിയന്ന ബിസുഗ്ഹതിൽ ഫന്നി തഫീ ഇൽമു തകഫീക അലി നിനക്കും മദിയാകും ഇൽമൻ ഇൽമാൽ മദിയാകുന്ന ദാല അൽ യഖീദ അക്കീരവാണ് പിന്നെ എന്തുകൊണ്ടാ മതിയാക്കാനുള്ള താരി എന്താണല്ലേ തഫീന്ന് പൂർത്തിയാക്കിയിട്ടുണ്ട് ബി ധത്തിൽ പല്ലി അക്കീത എന്ന ഈ പല്ലിന്റെ എല്ലാ ആകത്തുകയും അത് കാതലുണ്ടല്ലോ ആ കാതും മുഴുവനും ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്ന കാരണം വേണം വർഗിട്ടാൻ ആവശ്യം വീടില്ല ആ ഒന്നു നോക്കാൻ അതിനൊരു തമ്മീദുംബുൻ അനിൽനത്തൊട്ട് തെറ്റിക്കപ്പെട്ട തമ്മീസാകുന്നുണ്ടാരി അല്ലാതെ ഈ തമ്മീസിനെ പിടിച്ചിട്ട് മറ്റെ ഫായിലാക്കാൻ പറ്റണോ വധുഹൻ അയാൾ മുഖത്തിനാൽ മെച്ചപ്പെട്ട ആളെന്ന് പറയുമ്പോ ഐ വധു അതിന്റെ ഫായിലാക്കി കൊടുത്താണ്ട ഇതേമാതിരി തക്കുഫീക്ക എന്നാണെന്താക്കുക പായലാക്ക ഇൽമുഹും എന്നുവെച്ചാൽ അതറിയൽ തക്ഫീക്ക ഇൽമുഹാൻ അടി അതറിയൽ നിന്നെ മതിയാക്കിത്തൊടുക്കും അല്ല ആസ്തഫാദ് എന്റെ ഈ അക്കീരയാകുന്ന കിതാബിൽ നിന്ന് പായിലൊപ്പിച്ചെടുക്കുന്ന ഇൽമ് നിന്റെ പേരിൽ അത് മതിയാക്കും എപ്പോ ഞാൻ തൊരുത് അൻതക്സഫിയ ഇതുകൊണ്ട് നീ മതിയാക്കാൻ പോന്നിണ്ടെങ്കിൽ നീ തുറന്നു പഠിക്കുന്നത് ഞാനെതിരല്ല കൂടുതൽ പഠിക്കുന്നതിന് മൊബർ വിലങ്ങുന്നില്ല മതിയാക്കാൻ വിചാരിച്ചാൽ അതുകൊണ്ട് മതിയാക്കാം നീണ്ട നീണ്ട വലിയ വലിയ കിതാബുകൾ വേറെ അതിനെ തൊട്ട് ഇതുകൊണ്ട് മതിയാക്കാൻ ഉദ്ദേശിച്ചാൽ മതി മതിയാക്കും എന്നതിന്റെ ഇല്ലത്താ പറയും ിലാസന്നെ ആകത്തുക എല്ലാം കൂടെ അരിച്ചു വർക്കിട്ട് ആകത്തുക അതാ മൊഹസ്വരും അതിന്റെ സുബത കൊണ്ട് പന്നേ എന്ന് പറഞ്ഞെന്താ അൽ മൊഹല്ലിയ പന്നാ പറ ഒരു ചർച്ചാ വിഷയത്തിനാണല്ലോ പന്നു പറയുന്നത് എങ്ങനത്തെ പന്നേ അൽ മൊഹല്ലി ഹിയ നമ്മുടെ അതീതനെ ക്രോഡീകരിക്കപ്പെട്ടത് തിന്നിലാകുന്നു ണ്ടാവുമോ അൽ പന്നുകൊണ്ടുള്ള ഉദ്ദേശം ഈ പന്നിന് ഏതിന് അനുഗ്രഹം ഉണ്ടോന്നല്ലേ പറയുന്നത് അൽ പന്നിന്റെ അനുഗ്രഹം എന്താന്ന് നമ്മളാ കീഴ ഏത് പന്നിനെ വിവരിക്കാൻ വേണ്ടിയാണോ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത് ആ പന്നിന് ഉത്പതാണ് എന്നല്ലാണ്ട് എല്ലാ പന്നിൻറെ ഇതില്ലല്ലോ നെഹവുരില്ലല്ലോ എല്ലാ പണ്ണും നിശ്ചിതമാക്കി വെച്ചുടാം അപ്പൊ അടിക്കരാമെന്താന്ന് അഹുതാണ് ഒരു പണ്ണിലേക്കുള്ള അഹുദ് പണ് നമ്മുടെ ഈ അസീതയെ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ട് ഏതൊരു പന്ന് പറയാനാണോ അങ്ങനെയുള്ള പന്ന് ബഹുവാ ഏതാന്ന് പന്നിമാൻ എന്ന പന്നാകുന്നു വൈസമ്മ എന്നോ പേരുണ്ട് രണ്ടും സംഗതിയും ഹുവിൽമു തവഹൈൽമുൽ അക്കായി പേരുണ്ട് പിന്നെ ഇൽമു വസൂരുദ്ദീൻ അങ്ങനെയും പേരുണ്ട് ഒരുപാട് ലക്കബുണ്ട് നമ്മുടെ ഈ ഇൽമിന് അക്കായി പിന്നു തൗഹീദ്ദീൻ പിന്നു അക്കായി ഇത്രയും പേരുണ്ട് വഹുവ എന്താവട്ടെ ഇൽമിന്റെ താരിഭാ പറയുന്നു علمان يقتدر به على اثبات الأقائد الدينية المقتصبت من عدلة الى يقينية خلال ودو علمان لن يقتدر به عدد عند سعديماغم هذا علم يقرأت محكي عندما نقرأ فيماغم على اثبات الأقائد الدينية دينية الأقائد الغبوطة كان هذا سعدي شجاء كبارفية قرأت എന്നെ മനസ്സിലർപ്പിക്കലാവാം ഒരു മുത്താലിമെന്നെ പഠിപ്പിക്കലുവാം എങ്ങനത്തെ അഷ്ടി അത് സമ്പാദിച്ചുണ്ടാക്കപ്പെടുന്നത് യക്കീനിയായ വലിയ ഗുർഹാലിന് മുട്ടവാദിതായ അതീതുകൾ പിന്നെ അഖലീ ആയ ഗുർഹാനി ഈ ഇതിന്റെ മൗതു എന്താണ് അള്ളാഹു അല്ലേക്കും അത് മാത്രമേ ഉള്ളൂന്ന് അമ്പാക്കളുണ്ടല്ലേ ഇതിന് അത് അതിന്റെ ഇതാക്കും വക്കീല ഒരു കീഴ ഉണ്ട് അത് മുൻകിനാത്ത എന്റെ മൗതു പക്ഷെ അതങ്ങനെ ഒക്കുന്നില്ല വക്കീല നൈവാലിക്ക മൗതുമെന്റെ വിഷയത്തിൽ പറമ്പല്ലാം പോലുണ്ട് ായത്തുമോ ഇതുകൊണ്ട് കിട്ടാനുള്ള നേട്ടം എന്താണ് മാരിപ്പത്തുള്ള സുബഹാനു അള്ളാഹു സുബഹാനുഹോത്താല് അറിയലാണ് എവിടെ ദുഞ്ഞാവിരിഞ്ഞാവിരി നേട്ടം വൻ ഫൗതും അവധി അഫിൽ പരലോകത്തോ ശാശ്വതമായ സഹാരത്തു കൊണ്ട് രക്ഷപ്പെടലുമാകുന്നു അതുകൊണ്ടുള്ളത് നേട്ടം അപ്പിവിടെന്തെല്ലാം പറഞ്ഞു മൗദോറും പറഞ്ഞു പിന്നെ റായത്തും പറഞ്ഞു ില്ലേപ്പറും മുന്നാഴിയല്ലത് ആ ഈ പറയപ്പെട്ടതിനെല്ലാം മൂബ്ര പൂർത്തിയാക്കിയോടും ഇത് ഈ കിട്ടാവ് നേരപ്പഴിവിടെ നല്ലുണ്ട് മാജു വില ആയിട്ട് ഒമാനും ഒമാജു പത്ത് കാര്യം ഉണ്ടില്ലേ അത് മുഴുവനും ഈ അതീതത്വം നല്ല ദിഹ്ബാർ തന്നെയാണ് ഹിൻസ അല്ലല്ല അപ്പോൾ ഹിൻസാ ഇന്റെ മേലെ ഖബറിനെ അത്തുപ്പാക്കി എന്നുള്ളൊരു പ്രശ്നം അവിടെ അവിടെ എടുക്കൂലെ കുറിച്ച് ചോദ്യം പറയുന്നു അത്തുഫിന് ഒരു പരസ്പരം വന്ധുണ്ടാവില്ലല്ല മാറിപ്പോയി അതിന് മൂപ്പർ തെളിവീത് പറയും എന്താണ് അതപ്പൂ ഇസ്മിയത്തിൻ ഇസ്മിയായ ജുംലിയാണേ ഹാ റിഹി അസീനത്തിൻ മുക്തറും കൂടി ഇസ്മിയാ ജും ഇസ്മിയായ മറ്റൊരു ജുംലന്റെ മേലിൽ അലഹമദില്ലാ ഇസ്മിയ ജുംലിയ വൗവ മുനാസിബുവൻ അബന്തായ അബ് മുനാസത്തായി അവിടെ മുനാസബത്ത് രണ്ടു കാര്യമാണ് ഒന്ന് മാനവീയായി ചോദിയിട്ടാണ് അച്ഛൻ പറഞ്ഞത് ഒന്ന് ഇൻസ്റ്റാഗ്രോ ഒന്ന് ഖബറായി പോയിരുന്നു ലഫലിയായി നോക്കിയാലേ ഇത് രണ്ടും ഇസ്മിയ ജും ഇസ്മിയ ജുംല തുലായി എപ്പോഴും ഇൻകാന കൊല്ലും രണ്ടും ലഫലിലും മാനയിലും ഹബരിയാണെങ്കിൽ പക്ഷെ ഇവിടെ നിന്ന് തന്നിട്ടുണ്ട് ഇസ്മിയ ജുംലക്ക് ഇസ്മിയായി തൊത്തു വന്നിട്ടുണ്ട് ലഫലിയായി മാനയിലേക്ക് നോക്കിയാൽ ഒന്നാമത് അലഹദാണ് ഹബരിയാണ് لا وما لا جعل جملتي الحمد الحمد لله ده جملي اي انشائيه تعالى فلا يجوز يتجوز هي اولنور انساننا ملخبرت فيه يشجولا مناسبه الاطوند عشان الا يراها خبريه ابدا خبريه تنதாகണം मुरआत ചെയ്യപ്പെടുക ولو بيتي باللفلي لفظين ديติমারലെങ്കിലും ખબરાണല്ലോ എന്ന നടക്കും അൽഹമ്മദി റെപ്രസന്റേറ്റീവ് ആൾക്കൂടി ഹബരി അതിലിയാണല്ലോ ഉദ്ദേശപ്പെട്ട കാര്യമല്ലേ അതെന്ന് അല്ലെ അങ്ങനെ ഒപ്പിച്ചാലും മതി ഫതദ് അക്ബർ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു മുനാസബത്തിന്റെ പ്രശ്ന തീർത്തു നോക്കൂ ആദ്യം എവിടത്തേക്കാ മടങ്ങുന്ന പറഞ്ഞാൽ ആയുധം ഇബാറാത്തിൽ മുത്താലത് ലഹിനെന്നാണ് മനസ്സിൽ ഹാജരാക്കി വക്ക മെച്ച ചെലൈപാറാത്തിന്റെ മേളിലാണ് അത് മടങ്ങുന്നത് ഹാദിഹി എന്ന് പറഞ്ഞ മനസ്സിലൂടെയൊക്കെ ഈശാർത്ത് അത് ഏഴ് ഹെസ്റ്റിമാലുണ്ടോ ആ ഈശാർത്ത് എപ്പോഴത്തേക്ക് മടക്കാനുള്ളത് ഏഴിൽ പ്രസിദ്ധമാറി ഒന്നാണ് ഇവിടെ എടുത്തുവെച്ചത് ഹാദിഹിന്റെ വിശാർത്ത് എങ്ങോട്ടേ കൊടുക്കാൻ ഏഴ് സാധ്യതയുണ്ട് ഹാദാഹ്റ്റിമാലാത്തി സഭാത്തി മശഹൂറ മഷുഹൂവായ ഏഴ് എക്തിമാലാക്കുണ്ട് ഹാ ലിഹിന്റെ മുഷാറൻ ഇലഹി ഇതായിരിക്കണം എന്നുള്ളതിന് അതിൽ നിന്ന് ഹുവൽ മുസ്താറു ഈ ഒന്നാണ് മുസ്താറു ദിന്ന ഏഴിൽ നിന്ന് മുസ്താർ ഇലയും മനസ്സിൽ അതാറാക്കപ്പെട്ട ഒരു ഈ ഭാഗത്തോട്ട് പറയാൻ പോകുന്നത് അതിലേക്കാ വിഷാറത്ത് മുഫസ്സലും മനസ്സിന്റെ ഉള്ളിൽ മുഫസ്സല് കംപ്ലീറ്റ് ഇങ്ങനെ നിലനിൽക്കും എന്നാണോ എല്ലാ ഓരോ കരിമത്ത് ഇജ്മാലിങ്ങനെ വന്നിട്ട് വന്നിട്ട് ഇജ്മാൽ ഇജുമാൽ വന്നിട്ട് പിന്നിരങ്ങനാക്കി പോക്കാണോ രണ്ട് തിർക്കുണ്ട് മുഫസ്ഥലാ ചെന്നെ നിലനിൽക്കുമോ മനസ്സിൽ എല്ലാം മുജുമലായിട്ടാണോ നിലനിൽക്കുന്നത് മനസ്സിന്റെ ഉള്ളിൽ ഇത് ആവശ്യത്തിനനുസരിച്ച് എങ്ങനെ വിശദീകരിക്കില്ലേ എന്താ ചിലപ്പം നുക്കുമാതിന്റെ ഇടയിൽ മുഫസ്ഥൽ നിൽക്കും എന്നാണ് മെത്ത കൊണ്ട് പറയുന്നതാണ് നിങ്ങൾ കാശ് നിൽക്കുമ്പോൾ തന്നെ മുപ്പത്തൽന്ന് പറഞ്ഞാൽ അപ്പോൾ തുടങ്ങിയത് ആ കാര്യ പറഞ്ഞ പോലെ തന്നെ മനസ്സിൽ നിൽക്കലാണോ അമീറു ഇഷാറത്തിന്റെ വളരെയുള്ള ആണിയർക്കാണോ മനസ്സിന്റെ ഉള്ളിൽ കിട്ടാരി അതല്ലേ വൈ കൊല്ല ഇത് നമ്മൾ പറയുന്ന അന്നഹോ ലായക്കോ അമീഹൻ മുഫസ്സലോ മനസ്സിന്റെ ഉള്ളിൽ മുഫസ്സലു നിൽക്കൂല എന്നാണ് വ്യക്തമാണെങ്കിൽ മനസ്സിനുള്ളിൽ മുപ്പസ്വലല്ല ഉള്ളതും അതിനെ പുല്ലിയാക്കി വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും തഫ്സിൽ പിന്നീടാവും അങ്ങനെയാണെങ്കിൽ ഫൽ കലാമു നമ്മളെ കലാം ഉണ്ടാക്കണം അലാ മുലാഫിൻ വാഹിദിൻ ഒരു മുലാഫ് തടയപ്പെട്ടിട്ടുണ്ട് എന്ന് നോക്കേണ്ടി വരും ഹാദിഹി അക്കീദത്തിൻ എന്ന് പറഞ്ഞാണ്ടായി ഐ മുപ്പസരും ആദിഹി എന്ന് മുഫസ്സൽ സംഘടിപ്പിക്കണം എപ്പോള് മുഫസ്സനു ഹാദി മുഫസ്സനു സംഘടിപ്പിച്ചു ഹാദിന്റെ മുമ്പായി എപ്പോഴെ ഇൻ കുൽന നമ്മൾ പറഞ്ഞാൽ ഇന്ന് അസ്മാ അൽ കുത്തുബി കിതാബുകൾ കൊടുക്കുന്ന പേരുണ്ടല്ലോ അത് മീൻ കബീരി അലമി ഷഫ്സിന്റെ സ്ഥാനത്താണോ എല്ലയോന്നില്ല അലമുൽ ജിൻസാണോ അലമുൽ ഷഫ്സാണോ ഇപ്പൊ ഇബ്രാഹിം എന്നുള്ള പേരെന്താണ് അലമുൽ ജിൻസ് അലമുൽ ഷഫ്സൺ ഒറ്റ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന പേരാണ് ഇതുപോലെ ഈ ഹരീദത്തിൽ വയ്യ എന്ന ഈ പേര് അലമു ഷക്സാണോ അല്ല അലമുൾ ജീൻസ് ആണോ അലമു ഷക്സിന്റെ സ്ഥാനത്താണെന്നാണ് പറയുന്നത് അത് വിവിധങ്ങളായ കോപ്പികൾ എടുത്താൽ എല്ലാം തന്നെ പക്ഷെ വ്യക്തികൾക്ക് കോപ്പി എന്താക്കും ഫോട്ടോ തകർത്തും പോലെ കുറെ ഫോട്ടോത്തിൽ പോർന്നു അതേമാതിരി തന്നെ ഒരു അലമുഷക്സ് ആണെന്നാണ് മാറ്റം തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ റിയാദു ഏത് ഡ്രസ്സിന് ഏതെല്ലാം മോഡലിൽ എടുത്താലെല്ലാം റിയുസ് സാലീനാണ് അതേതുപോലെ നമ്മൾ പാസ്പോർട്ട് സൈസിന് ഫോട്ടോ ഉണ്ടാക്കി ഇബ്രാന്റെ ഫോട്ടോ അല്ലേ വലിയ ആറടി വലിപ്പത്തിൽ ഒന്ന് വലുത്തുണ്ടാക്കി ഒന്ന് ചെറുത്തുണ്ടാക്കി എങ്ങനെയാക്കിയാലും ഈ ഫോട്ടോ വർദ്ധിച്ചുകൊണ്ട് ആളും പറഞ്ഞില്ലല്ല ബലമുഷത്തിന്റെ കവിതയാണെന്നാ പറയുന്നു വൈകൊല്ല നമ്മൾ പറഞ്ഞ അന്നഹ ഈ അസ്മാവുൽ കുത്തുബ് മിൻഹാജ് അല്ലെങ്കിൽ മറ്റു പത്ത് ഫലമായി അല്ല കുറവത്തൊല്ലായിൻ ഓരോ കിതാവിന്റെ പേരുണ്ടല്ലോ ഈ പേരുകളെല്ലാം നീ കമീൽ അലമിന് ജിൻസിന്റെ പെട്ട ജിൻസിന് ഒരു അലമ്പ് ഇന്ന ഇന്ന വിഷയങ്ങളൊക്കെ കൂടുമ്പോ അതിന് ഒരു അലമ്പ് മൊത്തത്തി വെച്ച് എന്നാൽ രണ്ട് മുതാഫ് തങ്ങൾ ചെയ്യണം അങ്ങനെ മുബസ്സലു നൌ ഇതിന്റെ നൌന്റെ മുബസ്തല താഴെ പറയാൻ പോകുന്നത് അതേ മുപ്പസ്ഥലല്ല മനസ്സിനുള്ളിലുള്ളത് മനസ്സിലൊക്കെ വിഷാറത്ത് അപ്പൊ മുഫസ്ഥലായി എന്നിട്ടോ ഹാദിഹി എന്ന് പറഞ്ഞത് ബഹിയ എന്ന് പറയുന്ന സാധനത്തിൽ അത് അലമുൽ ജിൻസെന്ന് വെച്ച് അലമുൽ ജിൻസ എന്ന അവസരത്തിൽ അതിന്റെ നവ എന്റെ മുഫസ്ല അതിന്റെ നവ ആണ് അത് ധൃതീരിമാമുണ്ടാക്കിയ ഒരു സാധനം والحق نائي فا إفرايغ لإننا حقا دانا أمن أنت با إفرايغ الخلافة وإننا قلب النم للمفسر نكما إليه وإننا دا تندامته أسماء الكتب علم الشخصان والعلم الجنسان هذا أنت المحقا دانا أن الذهن يقوم به المفسر المفسر نكما أنه بإننا أعشاد النعال لنكوا ഉണ്ടാവുമല്ലോ അത് കണ്ടുകൊണ്ടല്ലേ ഊബറി വേർത്ത് വരുന്നത് പിന്നെ വാസ്മാ ഉൽക്കുത്തി വരുന്നതോ മുലും ഈ കബിയിൽ അലമിഷൽ പെട്ടതാണ് തന്നെയാണ് അതാണ് ഉപർ ആദ്യം അതിനെടുത്ത് വെച്ചത് ഈൻ കൊല്ല അലമിഷക്സിലാണ് ഈൻ കൊല്ല മറ്റെങ്കിലും പറഞ്ഞില്ല ഇൻകൊല്ല അതാണ് വെച്ച മതി ബിന അലൻ എടുത്തുകൊണ്ടാണ് അല അന്നശയായ ഒരു സാധനം മഹല്ല് വർധിക്കുന്നത് കൊണ്ട് തഹതുതാകുമോ ഒന്നുകധികം ഉണ്ടാകുമോ അത് വർധനം ഉണ്ടാവൂല ഇപ്പൊ ഞാനവിടെ വന്നിട്ട് കണ്ണാടി മുമ്പിൽ നിന്ന എന്റെ ഫോട്ടോ എവിടെയുണ്ട് കണ്ണാടിയിലെ അവിടെ കണ്ണാടിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഞാനും കൂടെയുണ്ട് അവിടെ ആള് വർദ്ധിക്കുവോ വർദ്ധിക്കൂലെന്നാണ് മഹല്ല് വർദ്ധിക്കുന്നത് കൊണ്ട് സാധനം വർദ്ധിക്കൂലെന്നുള്ളതാണ് വെച്ചാൽ മതി അപ്പം അണുവാൽ പുറക്കും എന്ന് പറഞ്ഞാൽ എന്താ ഇതിനെ വ്യത്യാസപ്പെടുത്തലി അത് ഹക്കുമാണ് അഹക്കും ദലിയിലില്ലാത്തൊരു പുറം പാദം അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്താക്കണം ഒന്നും സമർപ്പിക്കേണ്ട ഇല്ല ഹാരി എന്ന് പറഞ്ഞാൽ തന്നെ മുപ്പസഡ് കളവിൽ നിൽക്കുന്ന വെക്കുക പിന്നെ ഹരിസുൽഭായിട്ട് സൂചിപ്പിക്കുന്ന യാത്രീലാന്നുള്ളത് എന്താണ് അലമ്പു ശക്തിപ്പെട്ടതാണ് അപ്പൊ മനസ്സിൽ ഇപ്പൊ മുപ്പസഡ് നിൽക്കുന്നുണ്ട് അലമ്പു പിന്നെ കിതാബിലേക്ക് പകർന്നു കൽവിനിക്കുന്നത് കൊണ്ട് താകം വന്നിട്ടില്ല അല്ല എന്നല്ലോ അങ്ങനെ അപ്പം ഒന്നും സങ്കല്പിക്കേണ്ട ആവശ്യമില്ല ഒരു മൂലാർപ്പം സങ്കല്പിക്കേണ്ട രണ്ടു മൂലാപ്പം സങ്കല്പിക്കേണ്ട തന്നെയല്ലേ അങ്ങനെ സമ്മ എന്റെ മനസ്സിലാകി പ്രത്യേക ഓർവത്തല്ലേ ഹരീദുൽ പയ്യന്ന് കേറിട്ടുള്ളത് ഹിതാഫ് മൊത്തത്തിലല്ലേ പറയുന്നു ഓറെ മനസ്സിലുണ്ടാക്കേ പറ്റില്ല തോഫിലുണ്ടല്ലോ അത് മനസ്സിലും മിൻഹാജ് എന്ന് പറഞ്ഞ പേര് മിൻഹാജ് എന്നുള്ള ഈ പേര് അരമൽ ഷക്സ് ആണോ അല്ല അരമുൽ ജിൻസാണോ അരമുൽ ജിൻസ് ആകുമ്പോൾ അപ്രാദ് ഇങ്ങനെ പറയാ അപറാദ്ണ്ടക്കെ മൊത്തത്തിൽ പറയാം അപ്പൊ ബോംബെ അടിച്ച കോപ്പിയുണ്ട് ഇന്ത്യയിൽ അടിച്ച കോപ്പിയുണ്ട് ഗൾഫിന് അടിച്ച കോപ്പിയുണ്ട് എല്ലാം എടുത്താ പേര് മൊത്തത്തിലുള്ള ഇനി ഷ്സാകുമ്പോൾ ഒന്നേരണ്ടാകാൻ പാടുള്ളൂ സക്സന്നുള്ളൊരു പർദ്ദല്ലേ അപ്പൊ മഹല്ല് മാറി മതാപേതകൾ മാറിയപ്പോൾ അതിന്റെ മഹലിന് മാറിക്കൊണ്ടിരിക്കുന്നില്ലേ മഹല്ല് മാറിയ സാധനം വർപ്പിച്ചിട്ടില്ല എന്നാ പറയുന്നത് ആ ഭിന്നതി ആറുപോയത്തിലെ ഭിന്നാലിന്റെ മുന്നൂറ്റിശിലും കൊല്ലം വന്നിട്ടുണ്ടാവും നബിമാർ എന്നറുന്നൂറ്റി മുപ്പതിൽ ഒപ്പാക്കായി ബിന്നശ താങ്കൾ ജീവിക്കുന്ന തൊള്ളായിരത്തി ആയിരത്തിന്റെ അടക്കം മുന്നൂറോളം കൊല്ലം വന്നല്ലോ അർദുന്ന ഔരോഗ് ഐദുൻ അൽ ഇബാറാത്തിൽ മുതഅല്ലികത ദിഹിനൻ അർബില്ലെ മനസ്സിന്റെ ഉള്ളിൽ മുതഅല്ലികായ ഇബാറത്താണ് ഉദ്ദേശിക്കുന്നു എന്ന് അപ്പോൾ കന്നാർജി പറഞ്ഞതിനു മുമ്പേന്നോയാ ഐ വഹവൽ കലാമുൻ നഫ്സിയ്യോ അബ നഫ്സിയായ കലാമാണ് എന്ന് രകമിയായ കലാമോ അല്ല മുബറവറ ഗോതി കൊടുക്കുമ്പോൾ ഉണ്ടാവും ലഫ്സിയായ കലാമോ ഉണ്ടാവും അതുമല്ല നഫ്സിയായ كلام المخيل هذا يجب أن يكون هناك حيئة الخارجي خارج الولاب هو حيئة لإنه تبعانوه تخيرا كيف تنبه؟ هذا يقول تخير ونبه خارج المحسوس آيتيه بأطبالاب هو قادرات قلب الهبابر تلعه تخير ونبه وهي معشا معشا أنت عندك من عاشا لن تصوير آكا عنده وره لنبه تخير ونبه لذا معشا أنت عندك يجعى برطول محسوس آيتي برطول ده പിന്നെ അത് മഹസൂസ് ബിൽ ബസർ എന്ന് ഇത് ഹാദികിന്റെ ഇഷാറത്തെങ്ങനെയാണ് വെക്കേണ്ടത് കാണും കണ്ണോണ്ട് കാണാവുന്ന ആദറായ വസ്തുവിനെ ഇഷാറത്താക്കാനാണ് വെച്ചത് അപ്പൊ അതെയാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ ഹാദിഹിനർത്ഥ ചെയ്തതും അപ്പൊ മനസ്സിന്റെ ഉള്ളിൽ ആദറാക്കിയ സാധനത്തിന് ആ ഹാരജിൽ മോജൂദായ മഹസൂസ് സാധനം പോലെ സങ്കല്പിച്ചു പറഞ്ഞത് അത പറയുന്നത് ആ ഈ മകരൻ ബസറന്നുള്ളത് മനസ് എന്തുണ്ട് ഒരു മക്കത്തിൽ വരുന്നേ ഉള്ളു മഹസു സം കാതുകൊണ്ട് കേൾക്കുന്നതാണ് ഇവിടെ കാതുകൊണ്ട് കേൾക്കുന്നതാ മിക്കവാറും ഉണ്ടല്ലോ അച്ചടിക്കപ്പെട്ടിട്ട് കിതാബായി കാണുമ്പോ അല്ലേ കണ്ണോണ്ട് കാണുള്ളൂ ഓറ് പറയുന്നത് ഞാൻ കേട്ടോളൂ എന്ന് ജോലി കൊടുത്തിരുന്നു അപ്പൊ കണ്ണോണ്ട് കാണാനല്ല കാണുണ്ട് കേൾക്കലല്ലേ ആ ബസും ബസറും ഒരു മഹലൻ അപ്പൊ എന്തുകൊണ്ട് പൽ മഹസു ഹസും ഈ ഹവാസി ബസറല്ലാത്ത ബാക്കി ഹവാസു കൊണ്ട് ഇസാസ് ചെയ്താലും ഇസിലവും ഇതുപോലെ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകും അവിടെ കലാം ഇസ്തിഹാരത്തുൻ അസുലിയുൻ എന്നാ പറഞ്ഞത് അവിടെ ഇസ്തിഹാരത്തുണ്ട് ഞങ്ങൾക്ക് ഇസ്തിഹാരത്ത് തസരീ അസുലീ ആണ് അതൊക്കെ മൂന്നെണ്ണം ഒരു സാധനം മറ്റൊരു സാധനത്തിലൂടെ തശ്മീയാക്കിയതിനു ശേഷം തശ്മീരിന്റെ അതാ തെടുത്തു കളഞ്ഞിട്ട് ഈ സാധനം ഇത് തന്നെയാണെന്ന് പറയലാണേത് ഇസ്റ്റാറത്ത് എന്ന് പറഞ്ഞ സാധനം അതാണ് അപ്പൊ ഇതിന്റെ മുക്കാബിലേനെ ഇസ്റ്റാർത്തും മക്കിനാർത്തും ബിൽക്കിനായ ആ ഒരു തശ്മീർ നടത്തി അതാരും തള്ളി വന്നില്ല മനസ്സോ മനസ്സിലാണ് നടക്കുന്നു തശ്മീർ നടത്തിയതിനു ശേഷം മുസബ്ബഹ് ലീക്കുള്ള ഒരു പ്രത്യേക വസ്തുവിടത്തെ ആയിരിക്കും ചെയ്തു മുഷബ ഇങ്ങോട്ട് പിറ്റേത് ആ പിറ്റേവ് മനസ്സിലാക്കാം ആ നിങ്ങൾ അതിനോട് ആദ്യം തസഗീയാക്കിയിട്ടുണ്ടല്ലേ എന്ന് നമുക്ക് ഇതിൽ കൂടി തിരിഞ്ഞതാണ് അതാണ് ഇശയാർത്ഥം ഗരിക്കിനായ അങ്ങനെയല്ല തസരീഹിതന്നെ നേർക്കു നേരെ അശ്ലിയ ആദ്യം മസ്തദ് നടന്നതിനു ശേഷം മുസ്തക്കാത്തിലേക്ക് ഉട്ടുകിടക്കലാണ് ഇത് തടയിത് അസലിയ എന്ന അവസരത്തിൽ മുസ്തക്കാത്തിൽ ഉട്ടുകിടന്നതല്ല നേർക്കുനേര തന്നെ അതാണ് മുണന്തല്ല ഇസ്റ്റാർത്തന്നെ തസീഹിയുണ്ട് അശ്ലീയുണ്ട് നോക്കൂ ി മൂപ്പറ മനസ്സിനുള്ളിൽ കോവ ചെയ്ത് വെച്ചത് ഹാരി ഹാരി ഒന്നിനോട് എന്താ തസ്ബി ഹക്കാനുള്ള വജുപിക്ഷ പറഞ്ഞാണ് മനസ്സിൽ പറയാൻ വേണ്ടി റെഡിയാക്കി വെച്ചത് കൊണ്ട് കമാനൽ നിൽക്കുന്ന ആലോചിക്കൊന്നും പണ്ടതി ആ റെക്കാനില്ല ാക്കി അവിടെ വെച്ചിട്ടുണ്ട് കിത്താബിന് പുറത്തേക്ക് കാർജിന് മുതാകങ്ങനെ തന്നെയാണല്ലോ ഇപ്പൊ തന്നെ റെഡിയാണല്ലോ അപ്പൊ അതിന്റെ റെഡി റെഡിയാവൽ എന്നതാണ് അതിന്റെ കമാൽ വിശ്ന അതാണ് അതിന്റെ ജാമ്യം ആ ജാമ്യം വെച്ചുകൊണ്ട് ഇതിനും കമാൽ വിസ്ത്യേഹം ആറുണ്ട് കൽബിലുള്ളതിന് കമാൽ വിശ്വസം ആറുണ്ട് അവിടെ പൂജ ആലോചിക്കുന്നുണ്ട് അങ്ങോട്ട് പറയുകയുള്ളൂ എന്നുള്ള ആ ജാമ്യ ആ വധുവിഷപ്പ വെച്ചുകൊണ്ടിട്ട് തശ്മീരാക്കിട്ട് മുഷബ് വിഹീയത മഹസൂസും ഹാരിജ അതിനെ പ്രയോഗിക്കുന്ന ഒരു സാധനമാണ് ഹാദിഹി ആ ഹാദിഹിയെ ജീവിതത്തേക്ക് നിക്കുന്ന ഇത്ര അർത്ഥാക്കി അതാ ഹാ ഹാ ഹുകൾ മസുഹൂറു ഇതാണ് മസുഹൂറായ ഹോക്ക് അപ്പൊ ഇവിടെ എന്തില്ല ഇത്യാർത്ഥം വിൽക്കിനായില്ല പുസ്തകത്തിലെ കുട്ടിയോടുന്നിട്ട് തഴയിട്ടും നവഅഹബൽ മൗലവി പോയതെന്നറിയോ ഫീ തആരീബുദ് ദസാലത്തിൽ фарസിയന്നീ കിതാബിലി ഇലാന തബഈയത്തു നുനർത്തിയത തബഈയതാന നവവരി തബഈതമാദ ഒന്നിൽ ഇസ്തിലാബ് നടന്നിനു ശേഷം അതിൻ്റെ ഫർആദ് പ്രതിക്കൊണ്ടാണ് മുസ്തഖബ് ഇടാനെങ്കിൽ എന്താകണം മസ്ൽ നടക്കണം മസ്ൽ നടന്നിനു ശേഷം ഇസ്മുഫാഇലിൻ ലക്കോസ് മുഫ്ഉഇലിൻ ലക്കോസ് സിഫത്തോസ് സമയലികനെ ഗുണ്ട് കൊടക്ക அட நோக்க லியான இஸ்மல் இஷாரதி இஷாரது இஸ்மல்லோ யதலமனு மஅனல் ஹர்ஃபி ஹர்ஃின்ட மாலையண்டாக்கும் உலகுர்லிகுனா அவ இஸ்மல் இஷாரது குறன் ญาயாவுது தபையாவரணே ஹர்ஃின்ட மால உலகுர்லிகும்போல் ஸஹூஃபிள கண்டேண்டாவுல்லு தபையியாவுல்லுனா நெம ஹர்ஃதுகள் இஷாரது தபையியாவுல்லுனா அப்பா தபைய்யத்து ஒடி மெருனா വള്ളിത്യാഹർത്തൊക്കെ ഈ മാനകളിൽ ഹർഫിന്റെ മാനകളിണ്ടല്ലോ ലാമിന്റെ പകരം അല പ്രയോഗിക്കുന്നു ചിലപ്പോ എന്താന്റെ മാന പകരം ഉണ്ടാക്കും അല പ്രയോഗിക്കലുണ്ട് അങ്ങനത്തെ കൊണ്ട് മാറ്റി വെക്കലുണ്ടല്ലോ നമ്മളെ വന്നിട്ടുണ്ട് അത് തബയ്യത്താണ് ആ തബയ്യത്തിന്റെ സായിബത്തിയോടെയും വരുമെന്നാണ് ഓർ പോക്കുന്നത് തള്ളി എന്തുകൊണ്ട് ഒരു ഷ് ഒരു മറ്റൊരു ഷൈന്റെ മാനാക്കാവലിനാൽ ഇവിടെ ഉണ്ടായി ഒരു ഷൈ എന്ന് പറഞ്ഞാ ഇസ്മുൽ വിഷാർത്ത് ഇസ്മുൽപ്പി മാന ഷൈ എന്ന് ഹറഫിന്റെ മാനാക്ക് വരുത്തുണ്ടു ഇസ്മുൽ ആകുന്ന ഒരു ഷൈ ഹറഫിന്റെ മാനാക്ക് വരുത്തുണ്ട് എന്നതിനാൽ ആദ്യമാകൂല ഹറഫിന് കൊടുക്കുന്ന എല്ലാ അക്കാമും ഇതിനെ കൊടുക്കണമെന്ന് വരൂല ആ അന്നഹു ല ഇതാണ് അന്നഹു ഇ ഹുക്കുമുഹു ആ മറ്റേ ഷൈന്റെ ഹുക്കും മുഴുവനും ഇതിന് വാരി കൊടുക്കണം എന്ന് വരൂലാണ് അപ്പൊ എന്താണ് വിജാൻ തരീക്കത്തോന്നുള്ളത് സഫീലത്ത് പോലെ അല്ലേ അല്ലെ അപ്പോ ശരീര ശരീരത്ത് സഫീലത്ത് തരീക്കത്തോ കടലി അപ്പൊ കടലിന് മുങ്ങുമ്പോൾ കപ്പലോട് കൂടിയാലും മുങ്ങിലില്ലാതുകൊണ്ട് തരീക്കത്തിൽ കൂടിയാൽ ശരിയാക്കാവുന്ന കപ്പലും വേണ്ട എന്ന് വരൂരും അയാകം തന്നെ വധ ഹൃഷപ എന്തിനാണ് സൈദ് അസദിനെ പോലെയാണ് കശ്മി ആക്കുന്ന അവസരത്തില് ഈ ജാമ്യം ഉണ്ടാവല്ലോ ഒരു വധ ഹൃഷപം ഉണ്ടാവല്ലോ ആ വധുഷഭിപ്പാറല്ലേ കശ്മി പറയുന്നത് ആ കാരണം വച്ചു കൊണ്ടിട്ട് അസത് ഉണ്ടുന്നതില് ഒരു പോത്തിനെ പിടിച്ച് വെച്ചിട്ടിട്ട് അതിന് പച്ച കീറി തിന്നലാം അവിടെ ജയ്ത് മേലാൽ ഉണ്ടാക്കും പച്ചവറത്തി കീറി തിന്നും എന്നർത്ഥം വരുമോ ഒരു സാധനം മറ്റു സാധനത്തിന് ശരാത്രി മാത്രോമ്യാണ് ശരീരത്തും അല്ലെ അപ്പൊ തെരീപ്പത്തിന് കിടക്കാനുള്ള ഒരു വസീരമാണ് വെറുതെ വേണ്ടി കഴിഞ്ഞാൽ ശരീരത്തില്ലാതെ കൊണ്ട് മുങ്ങി അങ്ങനെ മുങ്ങിപ്പോകും അപ്പൊ കപ്പലിൽ യാത്ര ചെയ്ത് നല്ല സുരക്ഷിത്വം പോവണം കൺട്രോൾ കമ്പിൽ നിൽക്കുന്നത് മുങ്ങുന്നവരെ പൊങ്ങാനും വളരെ പ്രാണമായി തീരുമ്പം ബോക്സിംഗ് അയച്ചു കൊടുക്കാനൊക്കെ കപ്പലിന്റെ ആ സംവിധാനം അതിന്റെ അപ്പൊ ശരിയാത്താകുന്ന കപ്പലങ്ങൾ കൂട്ടാൻ ഈ മുങ്ങി തത്തിരി ചവാഴിച്ച് കൊണ്ടു ചുങ്ങയും ഇതുകൊണ്ട് തന്നെ ഇതേ ന്യായം പറഞ്ഞുകൊണ്ട് തന്നെ ഒസാമി ഒസാമിന്റെ കൗലം നമുക്ക് റദ്ദു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് മൂപ്പുറം പറഞ്ഞിട്ട് അന്നകാത്ത പയ്യത്തുന്ന് ഉസാമും പറഞ്ഞു മോരങ്ങൾ പറഞ്ഞ കൂടാണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നവർ പറഞ്ഞെന്നിത് വിശേഷം മുഅവവൽ ബൽ മുസ്തഖി ഇസ്മുൽ निशाരത് മുസ്തഖുകൊണ്ട് മുഅവവലാണ് നാലവർ പറഞ്ഞത് അസമവർദു അപ്പം മുസ്തഖാത്തുകൊണ്ട് തബയ്യത്താണല്ലോ മുസ്തഖാത്തിൽ തബയ്യത്താണല്ലോ മസ്ദർ നടന്നി ശേഷത്തെ മുസ്തഖാത്തിൽ എന്ത് ഇഷ്യാർ നടക്കുന്നുള്ളൂ അപ്പം മുസ്തഖുകൊണ്ട് മുഅവവല ആയി കഴിഞ്ഞാൽ എന്തോ ഇസ്മുൽ निशाരത് മുഅവവലാണർബോ തബയ്യത്തെ വരുള്ളൂ എന്നാണ് ആരെ ഞാൻ പറഞ്ഞത് വിശാമ ആ അതിനും എന്തുകൊണ്ട് മൊവലായ മുസ്തക്കാത്തിൽ തവഹയ്യത്താണ് എന്താ വന്നത് ആ ഒക്കെ എല്ലാ കൾക്കും ഇവിടെ തന്നെ കൊടുത്തോളുന്നില്ലാന്ന് വരുമെന്ന് ഹാദിഹ് മുസ്തക്കല്ലല്ലോ അതെന്താ ലിയാൻ നമുക്ക് പറയുന്നു ഈ തകവിയിൽ ഉഷാറൻ ഇലഹീനാണ് ഹാദിഹീനന്താ ഉഷാറും ഇലൈഹീനാണെന്ന് ഒരു തെരുവീൽ കൊടുക്കുന്നു അപ്പൊ മുസ്തക്കാരില്ല അഷാറന്റെ ഇതല്ലേ ഉഷാറ ഹാവി എന്നുണ്ട് മുഷാറുൻ ഇലഹിന്റെ മാന അടങ്ങിയിട്ടുണ്ട് ഹാവിസാർ ഇത് മുസാറു ഇലഹിയാണ് അല്ലുസാമിന്റെ മോലി തമ്മൽ അപ്പൊ ഓരോടും നമുക്ക് പറയാൻ ഇതേ ഉള്ളൂ അപ്പൊ രണ്ടാണ് ഉണ്ടാക്കി രണ്ട് ന്യായ ഒന്ന് ഹറഫിന്റെ മാന ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഹറഫിലാണെങ്കിലോ തെബയ്യത്താണ് മറ്റുള്ള വിസ്മുൽ നിഷാറത്ത് മുഷ്തഖണ് മാവ്വലാണ് മാവ്വൽ തബയ്യത്താണ് കണ്ടാക്കും മറുപടി അതിൽ വന്ന എല്ലാ അക്കാവും ഇത്രം കുട്ടികൾ ഇറന്നുകൊള്ളതില്ല എന്ന് പറയും വലിത ഉപരിതൽത്തുൻ എന്നൊരു ടക്കായിതു എന്ന് ജമാക്കിയില്ലാന്നില്ല പറയുന്നത് പറഞ്ഞത് താലീലാണ് മുമ്പെന്താ പറഞ്ഞത് കരീപത്തുലി തമ്പി അല അന്ന കരീബത്തുത്തന ഒരു റസൂൽ എന്നാണ് മുമ്പുള്ള താരീൽ മകളാ കരീബന് വേണ്ടി യാതീ പ്രയോഗിച്ചോ കരീബന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ് വളരെ ദൂരത്തുള്ളതെല്ലാം മനസ്സിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരും എന്ന അർത്ഥത്തിലാണ് എന്ന് പറഞ്ഞില്ലേ ഫീനപ്സിലേക്ക് നോക്കിയാൽ ഒറ്റ അക്കീല ധാരാളം അക്കീലുണ്ട് നമ്മുടെ ചില്ലരാജ്യമല്ലോ അപ്പൊ കൊത്തുദൂർ അക്കീത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ പൗത്തണിക്കൽ മാറും മാറാതെക്കില്ല ായി അപ്പൊ മജാദ് മുറുത്തലാവും ഗജാലുവിന് അസാദി ആകും ഈ ആദാദി കടന്നു കുല്ല് പറഞ്ഞ ഭാഗമുറാതാണ് അപ്പൊ അസാധി തിരിച്ച് ജീവിതൊക്കെ നെയ്യോ തലേലൊക്കെ നെയ്യും അപ്പൊ തറുപ്പ് അസാദിയാണ് ഉണ്ടാവില്ല അപ്പൊ അവിടെ പുല്ല് പറഞ്ഞ ഭാഗമുറാത് ഇവിടെ ബാഗ് പറഞ്ഞിട്ടോ കുല് മുറാദ് ഇവിടെ ഒറ്റ അക്കീനാണല്ല അക്കീല വലിയൊരു ഒരു കേന്ദ്രം തന്നെയാകുന്നു അപ്പൊ മജാത മുറുത്തലായി അപ്പൊ മജാസിലാകുമ്പോൾ അലാക്കത്ത് പോകണം ഒരു സാധനം മജാസാക്കണമേ എന്താണ് ഈ കൊല്ലിന്റെ ഒരു ബാഗാണല്ലോ കൊല്ലിന്റെ കൊല്ലിനോട് അലാക്കത്തിന്റെ ബാലിന് അതനാക്കത്ത് കൊല്ലിന്റെ ജുസ ആ അവരാണ് ബാങ്ക് അതാണ് അലാക്കത്ത് പിന്നെ ചനാ എന്ന് പറഞ്ഞത് നൂറാണെന്നവരുത് വൈ അബ്ബി റിയ ഈ നൂറിനെപ്പറ്റി ചനായിനെ പറ്റി റിയ എന്നും നിവാർത്തതാകേണ്ടത് അപ്പൊ പ്രകാശത്തിന് ലഹ്ത്രിയായി നൂറ് മൂന്നെണ്ണം കളത്താലു സനാബർത്തില്ല ബസാർ എന്ന് പറഞ്ഞിട്ട് യക്കാതു അടുത്തിരിക്കുന്നു സനാബർത്തിന്റെ അപ്രകാശം അമിന്നൽ കുടിമിന്നലില്ലേ യഥഹബില്ല ബസാർ കണ്ണുകളെ തട്ടിക്കൊണ്ടു പോകാൻ എടുത്തിട്ടുണ്ട് ഭയങ്കര മിന്നയിച്ചു അതടുത്തു തോന്നുന്നു الجمله صفته عقيده اذا جمله سميت بها عبده الطلبيها ان ورا جمله ما العقيده تنبن صفته عقيده سميت للخيت الميهن بيردت عقيده, عقيدة ونوذه جمله صفته اي جمله سميت لها اله و هو نعتم بالجمله بعد النعت المفرد عقيده ذلك عقيده سنيه المفرد هو الوصفنده പ്രകാശത്തിലേക്ക് ചേർക്കപ്പെട്ട സനിയത്താണ് അതിന്റെ അപ്പറ സമയത്തും ആൾക്കാർ സിബത്തും വാത സിബത്ത് എന്തായി ജോലിയായി മകളാ പൈന്ന സനീയത്തുനിന്നുള്ളത് മാത്തുൻ അബൽ ഒന്നാമത്തനകാണ് അപ്പൊ പൈന സനീയത്തുല്ല നൂറാതാക്കി സനീയത്തുന്ന് വായിക്കണം ഇക്കാര്യല്ലേ മകളാതി അപ്പൊ പൈന സനീയക്കുന്ന് വയ്ക്കണ്ടങ്ങനെ ഉണ്ടേ ഇന്നെ അമ നടത്താമൊന്നുമില്ല ഇന്ന ഒന്നാമത്തെ നേട്ടാണ് അത് മുപ്പറതാണ് നവീനൊക്കെ ഒളി കിത്താനാ ജാക്കുമുള്ള നൂറും കിതാബും മുബീൻ നിങ്ങൾക്കുള്ളവന്റെ വക്കലിൽ നിന്ന് നൂറ് വന്നിട്ടുണ്ട് ഒരു കിതാബും വന്നിട്ടുണ്ട് മുബീനാണ് മുബീൻ്റെ മുപ്പറതാണ് അതിന്റെ അപ്പുറം ജഗതി എന്ന് പറയുന്നു ആ കിതാബ് മുഖേന അള്ളാഹു താലഹി ലാക്കും എന്നൊരു ജിംലയാണല്ലോ ജിംലോടെ സിഹത്ത് പറയാണ് വെച്ചിട്ടല്ലേ ബഹ അതാണ് ബഹിയെന്ന് പറഞ്ഞത് ഹരീദത്തുൽ ബഹിയാന ബഹാ എടുത്തത് വൈത്തുലൽ ഹസനി വൽ ജമാലി അതിനും പറയാറുണ്ട് ബഹാ എന്നുള്ളത് പ്രകാശത്തിന് കൂടാണ്ട് ഭംഗി നല്ല മൊഞ്ചേം ആ അർത്ഥം വെക്കലാണ് ഇവിടെ ഉഷാറന്ന പറയുന്നത് ഹരീതൊക്കെ മുസ്തുന്നല്ല അർത്ഥം കൊടുക്കുന്നത് മുസ്ന്റെ തെളിഞ്ഞിട്ട് ഒളിഞ്ഞ് തെളിഞ്ഞതിനെക്കാളായി ഭംഗിയും ചൊർക്കാണല്ലെ പ്രാധാന്യം കളിച്ചും പോലെ പ്രകാശം വരുന്നുണ്ടോന്നുള്ള പ്രശ്നമല്ല മൊഞ്ചും ജമാലും ഉണ്ടോന്നാണ് മുസ്തിന്റെ വസ്ഫരേണ്ടത് അതാണ് അൻസബ് വായിക്കാനുള്ള പോലെ മുനാസിബൻ നയിൽ എന്നാൽ ആദ്യം പറഞ്ഞത് മുനാസിബാണ് അതിന് തെറ്റില്ല പക്ഷെ മുനാസിബ് ആണെങ്കിലും ഇവിടെ എന്നുള്ള പേര് ചെയ്തു എന്നാ പറയും മുത്തനാണ് ശരിക്കും വസ്തു പറയുന്നത് അപ്പൊ പറഞ്ഞു അവരുടെ കിതാബിനെ നല്ല പ്രകാശിക്കുന്ന ലോലുവനോട് മാത്രമല്ല അതാണല്ലോ ഹരീദാണ് വില തുടച്ചാലും അത് എന്താ തസ്മിയാക്കാനുള്ള ജാമ്യമാണല്ലോ ബി ജാമ്യൻ നഫാസത്ത് രണ്ടിലൊണ്ട് അത് അമൂല്യമാണ് എന്നുള്ളത് അത് ബലമതിക്കാൻ കഴിയാത്ത ഒരമൂല്യമായ സാധനമാണ് ഇതിന് മുത്തായതിനൊക്കെയുള്ള اكيده نركننا على جاميل ده واستعار اللفظ الداله على المصرح به مصرح به بمعنى ارييك الافراد خريدا ان لفظ بايه عباره بتقولها ودي اعطاني اني ادي استعاره تزيدوا على طريق الاستعاره التسريهيه الاصليه انتوا لما تقولوا تسريه يعني استعاره بلكنايا الا في التبعيه ولا المصرح المصرح به هنا علي المشبهي. المسابح مسابح نيوردي استعارته بطو على طريق الاستعاره التصريحيه الاصليه لما صبغوا بهن الولوهه استعارته ما بقول لا طرفاني لا لتسبيحنا ما يكول لا طرفاني استعار لطيفه ان تقول هي لطيفه اذا لطيفه انا يقولوا അവിടെ മൂപ്പറന്താക്കി ഹിയാനെ സങ്കല്പിച്ചോണ്ട് മുബത്തദാന സങ്കല്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ കളയപ്പെട്ട മുഖത്താന്റെ ഖബറാണല്ലോ സങ്കല്പിൻ എന്നുള്ള ഇലാൻ എന്നുള്ളത് അബറും ആകുന്നു എന്ന് കാണിക്കാനാണ് അപ്പൊ من അത് മക്കുത്തുവന്റെ വേറെ വെച്ചു ഇതല്ലാണ്ട് അതിന്റെ ബാക്കി പെട്ടെന്ന് തോന്നിക്കൊണ്ടാണ് ഇത് വേറെ സിബത്താക്കി അല്ലാ അല്ലാതെ ويكاريكا أن تلك الأحصاف المذكورة باعدو هم... من جملة في الإسم شعيشا بريها بنا إلى اللهم لطيفة أن صغيرة في الحجم الأند لكنها كبيرة في العلم موس إيه بريا بطا شعيشا بريها برابنا إيه صفت إلى اللهم إسم الدباكيان إذا إسم خريدت البهيان الإسم سميتو آن إسم دبا أيضا അതിന്റെ ബാക്കിയാണ് തോന്നേണ്ടത് കേരളത്തിൽ നിന്ന് അൽ ഹരീരത്തുൽ ബഹിയ എന്ന് പേര് തീർന്നു ഇനി ബാക്കിയല്ല പ്രത്യേകം പത്ത് അഞ്ചേന്ന് മാത്രമല്ല ലസീഫത്തു ആണ് പിന്നെ സഹീറത്തുബിൽ നജുമാണ് കബീറത്തുബിൽമാണ് വേറെ വേറെ സിബത്തുകളാണ് അതല്ല ഇസ്മിന്റെ ബാക്കി ഇസ്മിന്റെ ബാക്കിയാകുണ്ടായി അൽ ഹരീരത്തുൽയ്യ ലസൈബത്തു സഹീറത്തും എന്ന പേരിട്ട് നോക്കി കണ്ട പേര് പേരുണ്ടല്ലോ അതല്ല രണ്ടു വായന കൊടുത്തത് മൂന്ന് മായന ഒന്ന് ദക്ക മറ്റൊന്ന് റക്ക അതുപോലെ തന്നെ ഈ പ്രകാശത്തെ തറയാതെ എന്തെങ്കിലും കറന്നു സാധനം പറക്ക എന്ന് പറഞ്ഞാൽ അതിനെ കട്ടി പറഞ്ഞതിനാ പറയരുത് ദക്ക എന്ന് പറയാനും റക്ക എന്ന് പറഞ്ഞു അലുള അലീലെന്ന് പറയില്ലേ അതിന്റെ ഒപ്പത്തേറ്റാണ് റക്ക സം അപ്പൊ സഹീറു വൈദ്യിട്ട പറഞ്ഞുതാ അതെവിടത്തേക്ക് നോക്കിയിട്ടാണ് നേരത്തെ പറഞ്ഞ മാനയിലേക്ക് ദക്കയിലേക്ക് നോക്കിയതായി മാത്രാന്റെ മായ സഹൈറു ഹജിമിന്നാണ് ദക്കാന്റെ മാന പിന്നെ ിഫ് പറഞ്ഞു പറഞ്ഞു കിവാമി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ കിവാമെന്ന് പറഞ്ഞാൽ അതിന്റെ അഭിഭാജ്യഘടങ്ങൾക്കല്ലേ കിവാബ് എന്ന് പറയുന്നത് ആ കിവാമി നേരിടാൻ വളരെ നേരിടണ്ടേ പിന്നെ കിവാമ് ആ എന്ന് മൂപ്പുറ പറഞ്ഞത് റാജ് റക്ക ലത്തീഫിന്റെ മാനേ റക്കയോഗം അല്ലേക്ക് തുടങ്ങി പിന്നെ നോക്കി വക്കൌരു എന്ന് പറഞ്ഞല്ലോ എല്ലാം യു ബ്യൻ മായ ഋജയവരകൂ അതിന് നിരക്ക് മടങ്ങുന്ന ഒരു മാന മൂപ്പർ പറഞ്ഞില്ല ഇത് കിട്ടാമെന്ന സോറി എന്ന് പറയണ്ടേ മൂന്ന് മാനൊക്കെ വേണ്ടത് എന്തോ മാനും വൽമുറാദു കലീനത്തുൽ അൽഫാദി സരിസത്തുൽ അൽഫാ ഖലീനത്തുൽ അൽഫാദി സരിസത്തുൽ അൽഫാദിയൊക്കെ ഈ ഷഫ എന്നുള്ള മാന അറിയിക്കാനുള്ള വസ്തുതയ്ക്കുള്ള മൂപ്പർ ഒഴിവാക്കി പറഞ്ഞില്ലെന്നു പറയുന്നത് ിഫിന് ഒരു ഹക്കുണ്ടായിരുന്നു അയ്യക്കൂലി ആന്ന് പറഞ്ഞ സാനിന്റെ കൂടെ പറയണം മൂന്ന് വായന അപ്പുറം പറഞ്ഞാല് നിങ്ങൾ ഈ മായന കുപ്പിക്കുമ്പോൾ മൂന്ന് മായന ഇതിന് സൂട്ടായിട്ടുണ്ട് ഇപ്പൊ അത് സരീരത്വം പിന്നെ പറഞ്ഞു പിന്നെന്ത് Abraham, you know ും പറഞ്ഞു ഷഫാബിനെ മേലെ അറിയിക്കുന്ന കച്ചിലുള്ള വസ്തു നിങ്ങൾക്ക് ഇതിന് പുറത്തു പോകുന്നില്ല അത് എസിഫൂന്ന് വേണം അപ്പൊ പഴക്കോലെ കലാമി ലഫുൻ വനശറും കലാമി എന്തുണ്ട് ലഫനി പറഞ്ഞില്ല ലഫീഫിനെ ഇതെല്ലാം പറഞ്ഞു ദക്ക പറഞ്ഞു അക്ക പറഞ്ഞു പിന്നെ ഷഫാഫിനെ പറ്റിയും പറഞ്ഞു അതിനാണ് ശേഷമുള്ള അക്കീ തക്ക ഈ വസ്തുല്ല വന്നത് അൽഫാദുകൾ വളരെ കുറവാണ് എളുപ്പത്തിൽ വിജയിക്കാൻ പറ്റുന്നതാണ് ഷഫാബിന്റെ മാനാക്കുന്നു വന്നിട്ടുമില്ലെന്ന് പറഞ്ഞാൽ മുതകായിറാൻ റക്കയും തക്കയും ഒന്നല്ലാദ്യമായി കൊള്ളുന്നില്ല സഹ ഇറുവാൻ ഹജമായതുകൊണ്ട് ഇവാറത്തിൽ രിക്കത്തുണ്ടായത് വരില്ലല്ലോ കടുപ്പുണ്ടാകല്ല കാരണം ഒറ്റ ജുമല കിട്ടിയ മാസങ്ങളോളം ചർച്ചയിലേതായിരിക്കും ചിലപ്പോ ജുലം ഒഴിവാകില്ല സഹകരണ അവധി നോക്കിയിട്ടൊന്നും വളരെ സഹകരണ ഇത്ര ഉസൂരള്ളു തോന്നിപ്പോ നിങ്ങൾ ഏതാനും കേട്ടു പഠിക്ക് എളുപ്പത്തിലാവില്ലല്ല അപ്പൊ ചിഹറുണ്ട് എന്ന് പറഞ്ഞതിനാല് റക്കാണെന്ന് വരൂല വല്ലാമേ ജെക്കത്തിനാലും ഇതും ലാഭ്യമാവില്ല സഫാബിയത്തിൽ ലാഭ്യമാവില്ല ഷഫാഫിയത്തിനാൽ ചികുണ്ടോ ലാദിമാവില്ല അപ്പൊ മാന എല്ലാം എന്താ അങ്ങോട്ട് മുത്തഹായ വിഭിന്നമായ മായന തന്നെയാണ് അപ്പൊ തവായിനാണ് ഈ അടിയിലുള്ള നിസ്ബാന്ന് തോന്നുന്നുണ്ട് അതില്ലെന്താ പറഞ്ഞത് അള്ളാഹു സുബാൻ ലഹുമത്ത ആനാക്കേറെ പറഞ്ഞാൽ മുറാദായമായ യോജിക്കുന്നില്ല അള്ളാക്ക് പറയാൻ പറ്റുന്നില്ല അപ്പൊ എന്താകണോ കൊടുത്തിട്ട് വേറും ആണെ കണ്ടെത്തണം എന്ന് എന്റെ രാജ്യമുറാതാക്കണം എന്ന് തോന്നി പണ്ട് അമ്മാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് അമ്മയും പറയാൻ പോകുന്നതാ ഇതാ ഇതാ പൽമുറാ ഒരു ലാവിന്റെ ഹക്കിൽ പ്രയോഗിക്കുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കപ്പെടുന്നതിന്റെ എതിരാഴ്ച വരുന്നത് നമുക്ക് അള്ളാന്റെ ബഹുമാനിക്കാൻ സന്ധ്യയാക്കണം അത് വെക്കുന്നില്ല നമുക്ക് ലത്തീസ് നല്ല പായിച്ചോക്കുന്നത് കട്ടി കുറഞ്ഞല്ല തടി കുറഞ്ഞത് മെലിഞ്ഞത് പ്രകാശം നടത്തി വിടുന്നത് നന്നാക്കി കൂട്ടാതെ അത് ശരിയാവില്ല فهذه المعاني ايه فاريبط معانيك لله مستحيلة لله تعالى كمستحيلة اما ففصفه باللطف اقول الله تعالى كلطفه وصفريا من حيث تعلق علمه بهذه المعاني ايه فاريبط معانيه عند وجه علم تعلقه اي شمده ان لا لكانه ايه من الآلم فمعناه الآلم بخفيات اللمور للهن దా ఫైన ఖఫియాతుల్ లోమరి అల్లాహు తఆలాన్ ద ఇల్ము బందపట ఖఫియాతు ముండలా జిమా సగిరతుల్ హదిమాగా ఇని ఈ చెప్పేట మాలియమై బందపట కొండ ఇల్ము దాల్కు ఐను అబ ఖఫియాతుల్ లో మల్ ఇల్ము ముతఅల్లక్ య ఖఫియాతుల్ ఉలూమ్ ఉండైకుం ఇమా సగిరతుల్ నజిమై అబ ఉర్మనా కొట్టు దెల్లిన రఖైకతుల్ తివామా అల షఫాఫియాతు అబ అల్లాహున్ ద ఇల్ము బందపట దహసియమా బరసియమా య మర్వంగారిగలు ఉదై రఖైకాయికుం లేన దఖైకాయికుం లే షఫాఫాయికుం അന്നരെ കറ നടക്കും അ vendeurs എന്നായാൽ അല്ലാഹു താല അറിയണ്ടിക്കൂലാ വമുതല്ലകനി റമൂമു യൽമന്ന മുതല്ലകനി കുടാനേ മദും വമ്മ ലഫഫ ലതഫായന നസറ വമ വലൈ ലതഫ യൽതുഫുണ്ട് അതെ ജംനതുൽ മുസ്റനഫതു മുകാബലത്തിൽ ലികവലി മിൻ ലതൂഫും മുൻദ ലതൂഫാനട ക കരുമാ എന്ന് പറയുന്നതുപോലെ അതിനെ മുകാബലിയെ പറഞ്ഞു മുസ്തഫായ ബഹറ ജംലിയാണ് അല്ല ഇതിനെങ്ങന ലത്വഫാതി അൻ പ്രയോഗണ്ടോ എന്നാ പാഫയറുള്ളവരി ലാസിമൻ ആദതൈനവരി ലാസിമാണ ലത്വഫാ കറമത ലാസിമാണല്ലോ പിന്നെ വസ്താരി മുതാദില്ല ലഫാ എന്ന് പറഞ്ഞാൽ അത് മുതാദിയാണ് നസറ പറയാ അത് വബിഹ അഹദാരിം തവജിഹും ഫസ്തറ ലത്വീഫ് എന്ന് അല്ലാഹുവിന്റെ ഇസ്മിനെ വ്യാഖ്യാനിച്ച ചിലർ എന്താക്കിണ്ടിട്ടുണ്ട് അൽ ആലിമു ബി ഖഫിയാത്തിൽ ഉമൂർ എന്ന് തർജ്ജമ ഇട്ടിട്ടുണ്ട് കേറി ചിലത് അഗധി കൽകി ആർത്തം കൊടുത്തിട്ടുണ്ട് ആ രണ്ടും രണ്ട് ലത്തഫിന്ന് പിടിച്ചതാണ് ഒന്ന് ലത്തുഫയിൽ നിന്ന് പിടിച്ചിട്ട് നേർക്ക് നേരെ മനാക്കാത്തപ്പോൾ അൽ അൽ ഹസിയ തെൽവീൽ കൊടുത്തതാണ് ലത്തഫ തൽവീലൊന്നും വേണ്ട നേരെ നർത്തം കൊടുക്കാലോ ഇതാണ് അൽ വധുഹു അൽ വധുഹു വധുഹു എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കാനുള്ള ന്യായം എന്താ അതില്ലേ ദലീല് ന്യായം അതിന് കാരണം എന്നൊക്കെ പറയാം െ പറ്റി എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്തായി അത് റാജകളിൽ ഹരിമി കട്ടി കുറവാണ് പേജുകളും കുറവല്ല കട്ടി പിന്നെ അൽഫാൽ എന്ന് പറഞ്ഞത് റാജത്തിൽ കിവാം ലൊക്കീഫിന്റെ മറ്റൊരു വായനാക്കാണത് കിവാന്ന് തോന്നിപ്പോ അതിനുള്ളിൽ ഘടന ഒരു സാധനത്തിന്റെ അഭിവാദ്യഘടന കിവാബ് എന്ന് പറയുന്നത് അന്നേരം ോർത്തമ കൊണ്ട് തോക്ക് നമ്മള് ചൂരി തൂങ്ങി തോക്ക് എട്ടെ രണ്ടിന് കിവാമേതാണ് നൂലാണ് കൂടുമ്പാബും ചേർത്ത നൂലാണെ കിവാ പക്ഷെ ഈ ചോലി തൂക്കിണ്ട നൂല കെത്തിയാണ് റസീകത്ത് തിവാമാണ് തോർത്തം കൊണ്ടിട്ട് അടിച്ച വരാണ് കണ്ടാ പിന്നെ വാലിഹ തുഹ എന്ന് പറഞ്ഞിട്ടുണ്ട് ഔ വാലിഹത്തുഹ അൽഫാദുകൾ പോലെ വാലിഹത്താണ് രാജ്യം ആ അദ്ദേഹം